ആ തെർത്തി എങ്ങനെയാക്കാമല്ലോ ഇപ്പൊ എഫ്റ്റിക്കിന്റെ വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കൊറേ തമ്പികളെ രീതിയിൽ പ്രത്യേകമായ ഘടനയിൽ വെച്ച് എതി പ്രകാര തിർത്തി വയറിംഗ് നടക്കുന്നു എങ്ങനെയെങ്കിലും വയറി വെച്ചാൽ കരണ്ട് നടക്കുവോ ചിലപ്പോ ലോകം മുഴുവൻ ശ്രദ്ധീകരിക്കും ഉണ്ടാവില്ല ഏതെങ്കിലും രീതിയിൽ ചെയ്താലും േ ആ തർത്തീപ് ശരിയാക്കലാ ഇതിനുള്ള മന്തിക്ക് ലോക പലി മായവുമായ കുറെ കാര്യങ്ങൾ തർത്തീപാക്കി വെക്കുക എന്നിട്ട് ഇതിൽ കൂടെ എന്താക്കണം പുതിയൊരു അറിവ് കണ്ടെത്താനുള്ള പാശി അതിനക്കുന്ന നിങ്ങൾ ചോദിക്കുന്നേ ആ എന്തിനാണ് തർത്തീപ് ആക്കുന്നത് ലി തവസുലാ മജുഹൂറിൽ മജഹൂരിലേക്ക് ചെന്നുചേരാൻ വേണ്ടി ർത്തീബുൽ ആദ്യം അറിയണം ആദ്യം പിന്നെ അതാണ് എത്തീജരുന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുന്ന മടങ്ങി രണ്ട് സാധനം നൈ ഇശുതര എന്നുള്ളതിനുണ്ടാക്കും വയുലെക്കോല നെസ്റ്റിക് ദലീൽ ദലീലിന്റെ നെസ്റ്റ് ഉണ്ടല്ലോ ദലീലെ സ്ഥാപിക്കലായിട്ട് പറഞ്ഞത് ആ ദലീലിന്റെ തന്നെ ഇശുതരെന്ന് പറയാറുണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന രേഖ ഉണ്ടല്ലോ ആ രേഖക്കെ നിശ്ചിതരാന്ന് പറയാറുണ്ട് സ്ഥാപിക്കലല്ലേ സ്ഥാപിപ്പിക്കന്നെയാണല്ലോ തൃപ്തി ആ ഇസ്വരാലയെ തൃപ്തിമാക്കിയെ ചിക്കാമച്ച് അപ്പൊ ഇസുതാരെ നിലയിലാണെന്ന് വെച്ചാൽ നക്സു ദലിയിലാണെന്ന് വെച്ചാൽ ആ നെലിയിന് സ്ഥാപിച്ചിട്ട് ഉത്തരം കിട്ടത്തക്ക ഈ തൃതീബാക്കിക്കൊണ്ടായിരുന്നു നമ്മളെ വിഷയത്തിലേക്ക് എത്തണം ഈ ടീച്ചിങ് മെത്തേഡുകൾ നടത്തെയാ തർജീപിൽ ടീച്ചിങ് മെച്ചഡുണ്ടാക്കേണ്ടത് നാളെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് ഇന്നലെ അറിഞ്ഞ മാലൂമത്തായ മുന്നറിവിൽ പെട്ടതാ ഇന്ന് പഠിപ്പിക്കുന്ന ആളങ്ങനാക്കുന്നുണ്ടോ മറ്റൊരു കാര്യം അത് വെമു വെറ്റാണ്ട് പഠിപ്പിക്കണ്ടായിരുന്നു അതല്ല ഇന്നലെ വരെ കുട്ടിന്റെ അറിവിൽപ്പെട്ട മുന്നറിവ് തൃത്തിബാക്കിണ്ടാക്കണം പുതിയ അറിവിലേക്ക് ഞാൻ ചോദിച്ചു ചോദിച്ചാൽ അടിക്കേ വിട്ടു ഇത് ഞാനിടത്തെ അടിപൊളി വളർത്തുകയായിരുന്നു അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ എന്ത് കണ്ടുപോയെന്ന് മതിയോ ഒരു ദിവസം അരമണിക്കൂർ മെനക്കെണ്ണം നാളെ തെളിക്രശം പോണോ ഇരുപത്തി രണ്ടു മണിക്കൂർ ഓർമ്മ തീരുമാനിച്ചത് ജിർമി കണ്ടാ ജിർമിന്റെ തഹയ്യസ് പോലെ ഇത് ഇതാണ് ഏകണ്ടാ ഇതിനാണ് അക്കരിയായ വാജിബനി എന്തിഫാനെ സ്വീകരിക്കാത്ത അച്ഛനിയായ വാജുപരി അതന്നെ നഹൂരി അല്ലെ താങ്ക് യൂസ് എന്നുള്ളത് സിഫത്തും ഇങ്ങനെ നോക്കിയാൽ കാണുന്ന മുജൂരി അധിപത് അല്ല സിഫത്ത് എന്തിനുണ്ട് സെൽബിയുണ്ട് അരിമി അരിമിയാധിപത് ഇല്ലേ അതിമി അസിപത് തന്നെ സൈതാണ് സൈദിങ്ങ് പിന്നെ മോശക്കാരനൊന്നും അല്ല കേട്ടാ നോക്കള്ളനൊന്നല്ലേ ശരിക്കനീയത്തിന് നെത്തി ചെയ്ത് കൊണ്ടോനോ മതഹ പറയുന്ന സെൽബിയാധിപത് ആണ് ഓൺ വലിയ പണ്ടൊ എനിക്ക് വലിയ വവാപാരമായ അറിവുള്ള ഒരാളാണോ അപ്പൊ എൽമിനെ സുഹൂത്താക്കിയത് എത്തിബാരി എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ട സുഹൂത്താക്കാൻ മാസങ്ങളുടെ ആക്കൻ ആക്കണ സാഹിത്യാസിഫ് ഇല്ല സെൽഫി എത്തും അല്ലാണ്ടായിരുന്നു രണ്ടിനെ ബൈമിലിട്ടു എത്തിപ്പാരി ഉണ്ടാവും രണ്ടു സ്ഥാപിക്കാനും കഴിയൂല കഴിയില്ല എത്തിബാരി നമ്മുടെ പലപാതയുടെ ഭാഗം മുമ്പാകാന്നെല്ലാം പറയാതോ അല്ല എത്തിബാരിയാണല്ലോ മുമ്പാകം ഇല്ലാന്ന് പറയാം പറ്റി വരും മുമ്പാകെ കൊടുക്കുന്നിട്ട് നിമിഷം പറ്റി മാത്രം കാണാം മുമ്പാകം അതെല്ലാം അത് വാജിബുൻ വാജിബുൻ സുഹൂത്തു ആ ദീപത്തെ സുഹോ താവൽ വാജിബാണ് ലി ജിർമി ജുറിമിന്റെ എപ്പോഴും മാതാമൻ ജെർമ്മ് ജുറിമുണ്ടാകുന്ന കാലത്തോളം അപ്പൊ ജെർമ് ഉണ്ടാകുന്നതിന് മുമ്പും ആ തഹ്യൂദില്ല ഉണ്ടായി നശിച്ചതിന് ശേഷം തഹ്യൂസ് ഉണ്ടാവില്ല അതെന്തെന്ന് ജിർമിന്റെ ആവേശികമാണ് തോന്നി അതിന് നെല്ലിന്റെ കാലത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നിലെ പിന്നീട് ഇപ്പം ലാ യുക്കാൾ നിഷ്കാരാക്കണ്ടാന്ന് അനുഭവിക്കുന്നു നമുക്ക് നിഷ്കാരം എന്ത് അന്നതഹ്യത ബിൽമാനൽ മറുക്കൂരി മേൽ പറയപ്പെട്ട ഒരു ആരോണ്ടില്ല എന്താന്ന് ഫറാഗിൽ നിന്ന് നീളം വീതി വണ്ണത്തിനനുസരിച്ച് ഒരു സ്ഥലം അല്ലേ പറഞ്ഞിട്ടുണ്ടാവും അത് പ്രകാരമുള്ള തഹൈദ്യതെ ലാ യജിബ് ഉജോദുഹോ അതിന്റെ ഉജോത് വാജിബല്ലല്ലോ അതുകൊണ്ട് ഈ ജുറുമിന്റെ ഉചുവ തന്നെ വാജിബല്ല മുൻകിരല്ലേ അതിനുശേഷം ഉണ്ടായ അമൃനീതി വായ സംഗതിയല്ലേ ദഹയ്യത് പിന്നെ അത് മുൻകിരുന്നില്ലല്ലോ വാജിപ് എങ്ങനെയായിരുന്നു അക്കതിയായ വാജിബെല്ലാം എങ്ങനെ വിടുക അത് വാജിബെല്ലാം എടുക്കാൻ കാരണം ലീ കൗൺ ഈ മസ്ബൂഖ അങ്ങനെ പറഞ്ഞത് ആദമ കൊണ്ട മസ്ബൂക്കാണ് അതുകൊണ്ട് ഈ ജുറുമുണ്ടാകുന്നതിനോമ്പയ്യുണ്ടായിരുന്നില്ലല്ലോ ആദ്യം എറിമില്ല അതിന് ഉണ്ടായിരുന്നില്ല അരുമ സാബിക് ആയിട്ടുണ്ട് അരുമ സാബിക്കായ സാധനമെല്ലാം അരിധരിക്കും ഹാരിസായ സാധനമെല്ലാം മുജൂത് മു എന്താ മുങ്കുള്ള വാജിബുണ്ടാവില്ല അവിടെ അഭിമുഖ് ഈ ഈ മാനാക്കുള്ള സഹജത് ചെറുമെന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ല അപ്പൊ അടിമ സാമി സാധനമെല്ലാം അരിതായിരിക്കും അരുമിന് ശേഷം മോചിയതായ സാധന ഹാരിസ് ഹാരിസിന്റെ മുജൂതെല്ലാം ഉണ്ടായിരിക്കണം മൂങ്കിനാണ് വാജിബല്ല അപ്പൊ സഹകും വാചിമില്ലാത്തതുകൊണ്ട് നീ അത്രയായ വാജിന് ഞാൻ വിശാല കാണിച്ചു ഹിന്ദി പനി സ്വീകരിക്കാത്തത് എന്റെ അവസരം പറയാ ഹിന്ദിപ്പനി സ്വീകരിക്കുന്ന വന്നതിന് ശേഷം ഹിന്ദിപ്പനി സ്വീകരിക്കുക എന്ന് പറഞ്ഞ ദിവസനിഷയം അന്നേരത്തേക്ക് നോക്കി പോകുന്നു നമ്മൾ പറഞ്ഞ അത്രേ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ അതിമ സാധിക്കാകാൻ പാടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ ചുരുമ്പം ഒരൂതായ ശേഷം താഴ്ന്ന സ്വന്തം ഇല്ലയോ ഉണ്ടാകുന്ന നാട്ടുകൊണ്ട് മാതാമുണ്ട് ആ അപ്പൊ മാതാമ എന്ന കാലത്തോളം താഴ്ന്നിനത്തൊട്ട് ഇന്ത്യ പാനെ സ്വീകരിക്കൂലാ നമ്മള് തരീഫ് താപിച്ചിട്ടുണ്ട് വഴി വന്നു അപ്പൊ കയറി പറഞ്ഞാൽ ഒരു അടിമന് ശേഷം വരൂതായി എന്നുള്ള കേസിലോ അതിനുള്ള തരീഫിന്റെ കോട്ടമല്ല എന്തായാലും ഇപ്പൊ താബിത്തായിട്ടുണ്ട് താബിത്ത് ഇനി എന്ത് പാഞ്ഞ് സ്വീകരിക്കോ ഇല്ലയോ നമ്മള് ചർച്ചയുണ്ട് ആ അതിന് അപ്പുറം ഉണ്ടാകുള്ളത് താരിന്ന അത് ഏതാണ്ട് മാറ്റണം എന്താണ് എന്നതിന്റെ ഭാഗ്യം ഹബറും ബാധ ഹമറാക്കണം അപ്പൊ എത്ര വായിച്ചാൽ ഞാൻ നിവർത്തന ചെയ്യാവില്ല അതിന്റെ ഉച്ചു അതിനു ഈ സഹയ്യത്തിന്റെ വിശേഷണല്ലേ പറയുന്നത് ഒന്ന് അതുമ് സാബിക്കായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അതമ്മ കൊണ്ട് ഇത് മസ്ബുക്കായി അതുമ് സാബിക്കാകുമ്പോൾ ഈ താടൻ അതിമുകൊണ്ട് മസ്ബുക്കായി മാത്രമല്ല താരിൻ മസബൂക്കന്റെ അപ്രടക്ക് പുതുതായി ഉണ്ടായതുമാണ് ജിർമ്മി ജിറുമ ഉണ്ടായത് പുതുതായോടൊപ്പം എത്തുറഹു അപ്പൊ താരി താരി അൻ എന്തുവാ ബാക്കി മസുബൂക്കന്റെ ബാക്കി അത് പുതുതായതുമാണ് അടുമ സാധി രണ്ടു ദിവസപ്പാ ഒന്ന് അതിമ സാധിത്താവുക എന്ന നീനുണ്ട് ഈ ജുർമ്മ എപ്പോഴാണോ ഉണ്ടായത് ആ തുരവിന് ശേഷം ഉണ്ടായിട്ടില്ലെന്നാണ് താഴ്ച അപ്പൊ താഴെ പുതുതായ ഉണ്ടായതുമാണ് വലബി തുരുമ്പിൽ ജുരുമി ജുറിമ പുതുതാവുന്നതോടൊപ്പം ശേഷം തോന്നൂടാ ശേഷം എന്താണെന്നെങ്കിലും ഇടവാളക്ക് കഴിഞ്ഞില്ലാന്നൊണ്ടപ്പോ അപ്പൊ നിങ്ങള് പുതുതാണ് ആർക്കെ പൊള്ളിച്ചത് ഇന്തിഫ ഒരു കാല ഇന്തിഫല സ്വീകരിച്ചറിഞ്ഞല്ലോ അപ്പൊ വരാൻ ജെർമ്മ തുറമാവനോ ബിറ്റഹീസ് ഉണ്ടായതാണ് അപ്പോ ഇത് എത്ര കാലപ്പഴക്കമേ ഉള്ളു അത്ര കാലപ്പഴക്കമേ സഹീസനുള്ളൂ മിശ്രി പറയാൽ അഗ്നിയായ വാജുവിന്റെ സഹിയാവൂല ഞാൻ നമുക്കത് നിഷ്കാരി അത് മുണ്ടണ്ട നിഷ്കാരം മുണ്ടാൻ പാടില്ല എന്നാ പറയും അത് സംശയം നമ്മൾ ചോദിക്കാം ജെറിലുള്ള തായ് അടുത്ത് കാണുന്നതുകൊണ്ട് എനിക്ക് മിസാല് കൊടുക്കലെ അക്കലിയായ വാജിബിൽ പെട്ടേ അക്കലിയായ വാജിപിൽ പെണ്ണ മുൻകിരത്തിലുപോയെന്നാ പറയും അക്കലിയായ വാജിബിന്റെ മിസാല മുൻകീരത്തായി പോയി ഹാരിച്ചായ മുൻകീനായിപ്പോയി ഉദാഹരണം ഇതാണെന്നുള്ള കേസ് അത് ഇസ്കാലാക്കണ്ട അത് മറുപടി ലിയന്നാലോലു ഇതിനാല് അന്നെ ഇതാ ലായൊക്കാലു നമ്മള് പറയുന്നത് ഇന്നമ മസറബിൾ മുസല്ലിഫ് മുസല്ലിഫ് അതിന്റെ വിശാല പറഞ്ഞാണെന്നറിയോത്ത് മാതാമൽ ജുറമു എന്നെ പറയത്തുള്ളൂ എന്നും വേണം എന്ന അർത്ഥനല്ല ജുറമ് താഴ്മയാകുന്ന കാലത്തോളം തയ്യദ് വാജിബാണെന്ന് ഞമ്മൾ പറഞ്ഞുള്ളൂ അത്ര നമ്മളെ മാറുകയുള്ളൂകാലംബ് വേണം എന്നർത്ഥനല്ല അത് അത് അതീവനെ ഉണ്ടാവുള്ളൂ ഇത് അല്ല കാരണം ദേശ മുറാദൻ അത് മുറാദല്ല ഇത് കാലാകാല വായുവിൽ കൊണ്ട് കാണണം എന്നതിവിടെ മുറാദേയല്ല മുറാദെന്താണ് സാധനം അല്ലെ സമാന ജിസ്മൻ അത് ജിസ്മാക്കേണ്ട ജിസ്മാ എന്ന അവസരത്തിൽ നിന്ന് ബഹും മാ തണക്കമിം ചെറുതേനി പാക്ക രണ്ടോ രണ്ടിലധികമോ പുറദുണ്ടാകണം നല്ല ജിസ്മുണ്ട് അല്ല അതുകൊണ്ട് സാധിക്കാനുണ്ട് രണ്ടോ രണ്ടിൽ കുറഞ്ഞോ മിനിമം രണ്ട് മിനിമം രണ്ടാമത് ജിസും ഡൗറൽപുറത് ഡൗറൽ പുറത്ത് വെച്ച ആറ്റം അവിഭാജ്യഘടകമായ ഡൗറൽ പുറത്ത് ജെസുനെ ഓരി വെച്ച് ജസ്മിനുമാരി വെച്ച് നീളത്തിൽ ഓരി വെച്ച് വെച്ച് വെച്ച് വെച്ച് തീർത്ത് നീലിന്മാരി വെച്ച് വെച്ച് വെച്ച് തീർത്തിട്ട് അകലത്തിലോട്ട് മൂന്ന് പണ്ടത്തിൽ ഓരി വെച്ചിട്ട് ലാസ്റ്റ് അവിഭാജ്യം വിഭജിക്കാൻ കഴിയാതെ അൺഡിവൈഡ് ആറ്റം ഈ ആറ്റം ഡൗറൽ പുറം എന്നാണ് പറയുന്നത് ഈ ജൌഹുറിൽ പുറത്ത് രണ്ടോ രണ്ടിൽ കൂടുതലായ ജിസ്മ വിപതിൽ കൊടുക്കണം അതാണുണ്ടായാലും സമയം രണ്ടോ അത് കാരണം അല്ലെങ്കിൽ ജൌഹരം പുറത്ത് മാത്രമായി ബഹുവാൻ ജുസുകൊല്ലറിയിൽ ആഴ്ത്ത ജസ്സറു എന്നെ സംശയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജുസുകൊല്ലറിയിൽ ആഴ്ച ജസ്ററവു എന്ന് പറഞ്ഞ അതായാലും മതി അപ്പൊയു ആ സഹയ്യൂരൂ ഈ ഹയ്യസി உரல் மய்யदुल அரத இல்லா யகஸ்புல் ஜர்மி அது ஜர்மின கொண்டு முக்தஸல்லான்னு வந்து ஜுரல் ஃபர்தாயால மதீ ஸ்கானே பிர 8000 மதீ ஆரா ஜால மதீ லாயகஸ்புல் ஜர்மி ஜர்மினு வரையது இஸ்ரமோல அர்த்தானது அது ஜிஸ்மன்ன ஆவனுல்ல ஜுரல் ஃபர்தாயால மதீன்னே பரையின்றது நவனன்ன ஜர்மன்ன ஆவனுல்ல ஜர்மல்லாத இன்னாண்டலை ശരിക്ക് നാലേക്ക് സേവനം വന്നുകൊണ്ട് ബുദ്ധിമുട്ടും വേണ്ടി മൂന്നാണല്ലേ നിങ്ങൾപ്പെട്ട ഒരു ലോട്ട് വന്നു അത് എന്താളെ എന്താണ് ഇട്ടോ എന്റെ മെബ് പറഞ്ഞു മൽ കട മൽ ദിനമാവാം ൾ ജവഹർ ഫർദു ആയാലും ജഹ്ർ ഫർദും ആവാ അപ്പൊ ജവഹർദിന്റെ മുഖാബിലല്ലേ ജിസ്മെന്നത് അപ്പൊ ജിസ്മൻ ജിസ്മം ആകാം ജവർ ഫർദും ആവാ അപ്പൊ ജിസ്മൻ ആയിക്കൊള്ളണമെന്നില്ല ജുർമാകാരില്ലേ വെറുതെ കിട്ടാൻ വായിച്ചിട്ട് കിട്ടാൻ ആഴത്തിരിച്ചു കൽ കിതമിലില്ലാ ഹി താനാ അള്ളാഹു താന കിതമാണ് എന് കിട്ടു പറഞ്ഞത് അഖലീയായ നെതിരിയായ വാജിപനി അതല്ലേ അയ്യോ ബാക്കി സിഫാത്തിൽ വാജിപത്തി വാജിബായ ബാക്കി സിഫ് കൽക്കിമി നില കൊണ്ടുള്ളൂ ബാക്കി സിഫാത്ത് എല്ലാം കൊടുത്തിനി നമ്മുടെ നേരത്തെ ഇഷ്കാലിന് ഒന്നും കൂടെ മറുപടി പറയാനാണോ നമുക്ക് നേരത്തെ വിശദീകരിക്കുന്നുണ്ട് നേരത്തെ വാജിബുൽ ഊർജിതമായത് എങ്ങനെയെന്ന് ഹാരിതായ സാധനം വാജിബുൽ ഊർജിതായി രൂപാന്തരപ്പെട്ടത് എങ്ങനെയെന്ന് അത് മുഖയ്യതാണ് മുത്തലക്കല്ലാന്ന് ജിർമ ഉണ്ടായതിനു ശേഷം മുഖയതായിട്ട് വന്നത് വാജിബുൽ ഊർജിതാന്ന് തന്ന മുത്തലക്കെന്ന് പറഞ്ഞ അസല മുതൽ അവധി വരെ കദീമിന് മാത്രമേ ഉണ്ടാവുള്ളൂ മുത്തലക്കായ വാജിപ് ചോദിച്ചു മുക്കയ്യതായ വാജിബ് ചോദിച്ചാൽ ആദീസുണ്ടാകാം നോക്കി ബാലം അന്നൽ വാജിബ വാജിബ് ഇമ്മാറളിയുൻ വ ഇമ്മാൻ വാജിബ് ഒന്നിക്കെന്ത അറളിയാവാം ദാത്തിയുമാകാം വാത്തിയു മുത്തലപ്പ് ഏതാ അറിയൻ സൈഡ് ി ഒരു കുട്ടിനെ കൊടുക്കാൻ അള്ളാഹുത്താല പാസാക്കിയാൽ അത് വാജിബായി തീരും പക്ഷെ വാജിബ് ദാത്തിയല്ല വാജിബുൻ അറളിയാണ് അള്ളാഹു താല പാസാക്കിയ ഭാര്യ ഒരു കാര്യം കൂടിയോണ്ടാവും ആ വാജിബുൻ ബിത് കഴിയും വാജിബു ദാത്തിള്ളത് ഇമ്മാലപ്പുൻ്മാക്കയ്യത് ഒന്നിക്ക് മുത്തലക്കാകും അല്ലെങ്കിൽ മുക്കയ്യതാകും നമുക്ക് വാജിബിക്കാജൂ മുുംകിനി ഒരു മുൻകിനായ സാധനത്തിന്റെ വുജൂദ് പോലെ നമ്മളെ വുജൂദ് അല്ലതി എങ്ങനെയുള്ള കുജൂത് താല്ല ഇൽമുള്ളായി അള്ളാന്റെ ഇൽമിച്ചിട്ടുണ്ട് പോയി അത് സംഭവിച്ചേ പറ്റൂന്ന് അപ്പൊ നമ്മളിപ്പോഴുള്ള കുജൂത് എന്താ നമ്മൾ മുൻകിന് വരൂതാണ് മുൻകിനായ ഗുരുതാണ് പക്ഷെ അറളിയായ വാജിബാണ് അറബിയായ വാജിബ് ബഹുവ അത് ഭിന്നതൽ ദാത്തിഹി ആ ഗുജൂദിനെ രാത്രിക്ക് നോക്കുമ്പോൾ ജയിസാണ് ജയിസാണ് കാരണം എന്താ ലിസ്തി വായി വുരൂതിഹി വാദമിഹി രണ്ടും സമമാണ് ഉണ്ടാവാം ഇല്ലാതിരിക്കുകയും ചെയ്യാം വലാത്തിൻ അറബലുൽ താലുക്ക് ഇൽമില്ല അത് സംഭവിച്ചേ പറ്റൂ അള്ളാന്റെ ഇൽമുക്കായപ്പോ വാജിബായി മാറി വൽ വാജിബു ദാത്തിയായ വാജിബല മുത്തലക്കായ വാജിപായ ദാത്തി കഥാത്തില്ലായിട്ടാത്തി അള്ളാനിഫാത്ത് അതേ വരുള്ളൂ ഒന്നും വരില്ല ായ വാജിബാണ് കത്തഹ്യതിൽ ജിർമിൻ്റെ തഹയ്യുതാ അത് ജിർമ്മ് മോജൂദായ ആവനോടും ശേഷം പറയില്ല മോജൂദ്വനോടുകൂടി അത് നിലനിൽക്കുന്ന കാലത്തോളം അനിവാര്യമായ ഒന്നാണ് അത് കാലത്തിന്റെ പെരുതി ഉണ്ട് അജിപുലു അതാണ് വാജിബ് അത് വാജിബാണ് മാധാമ ബാക്യം ജിർമ്മ വാക്യെന്ന കാലത്തോളം മാത്രം അതുണ്ടാ മും വേണ്ട ശേഷവും വേണ്ട ആ ഈ ഈ മാതാമന്റെ കയ്യിലെ മന്ത്രിക്ക് എടുത്തു കഴിയുമ്പോൾ കേട്ടോ ലാതാവാമ് മാതാമൻ യുദ്ധവാമ് ബിന്നുത്തലും പിന്നില്ല അതെ അറിയണ്ടല്ലാതിലും യുദ്ധഭാമി മാതാവിന്റെ എഴുതുന്നതിന് കഴിയുന്നു എപ്പോ വാചക ആ എഴുന്ന കാർത്തോളം അങ്ങനെ അത് അത് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ കിട്ടും അത് മിസാലാണ് ഇപ്പൊ അത് തന്നെയാന്ന് പഠിക്കുന്നു വെച്ചിട്ട് ഒന്ന് അറിഞ്ഞു കയ്യാനും ഒന്ന് പഠിക്കാൻ വേണ്ടി കിട്ടാന്നിപ്പോന്നെല്ലാം പറയൂലേ ഞാൻ കലക്കലുണ്ടല്ലത് അല്ലേ വാജിബി ദാത്തിയെ ദാത്തിയായ വാജുബി രണ്ടിനും കൂടിയാണ് ഏത് മുത്തലക്കിനുമായി മുക്കയ്യനുമായും ഏതാണ് ഒന്നാമത്തെ ഉദാഹരണതാ ജിർമിനോടായെന്ന് പറഞ്ഞെന്തിനാണ് മുക്കയ്യും വാജിമുൻദാത്തി അക്കനി ലറൂറി മുക്കയ്യത് ഇഷ്ടത്തി ഒന്ന് വാജിമുൻദാത്തിയെ പിന്നെ ലറൂറി പിന്നെ വൻ ബാജിമുൻദാത്തിയിൽ മുക്കയ്യത് തയ്യുദി രണ്ട് ചെറുമി അതല്ല അതാ വലിത അതുകൊണ്ടാണ് മസല ബീച്ച ഹയ്യുതി മുപ്പത് സഹയ്യത് കൊണ്ട് വിസലുകതിനോടിക്കാം ഇദ്ദേഹത്തിന്റെ ഉള്ളില ആടുത്തെ കുത്തിയിലെ ഇവാൾ കിലോമന്തിരാണ് രണ്ടാമത്തെ കിസ്മിന് മുത്തലക്കെന്ന് മുത്തലക്കായ വാജിബാത്തിനാ വിള് അറമിയോ അറമിയായ വാജിബ് വരട്ടെ അത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞുപോയത് മുമ്പാ പറഞ്ഞു കൈകൊണ്ടല്ലേ ഓർത്തു വരുന്നു ാണ് അദാത്തായ സിഫാത്ത എന്തെർക്കേടില്ല നിസ്മയ്യാൻ ദർക്കാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോ നമ്മൾ തുടങ്ങിയ ഐ മീൻ ദാത്തിൻ ഔ സിഫത്തിൻ ഔ നിസ്ബത്തിൻ മുൻതഫീൻ മുതഹ എന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് സീനും താവും അസീനു വത്താവ് ഇത്തീൽ സീനും താവും തഴുക്കിയതിന് വേണ്ടി സായിധിയാണ് ശരികോല മഹാര സംബന്ധിച്ച് മുസ്തഹിമൻ തകല്ല ഇത് ചിലർക്കെതിരായിട്ടാണ് പറയുന്നത് പിന്നെ അന്നഹുമാൻ ഇത്തലബി സാധാരണ സീനും താവും തലബിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിനാണ് എന്ന് പറഞ്ഞവർക്കെതിരായി കൊണ്ടാൻ പറയത് അടുക്കൊണ്ടി വരും കാരണം മഹാലിനെ തേടുന്ന സാധനങ്ങൾ അത് കൊടുക്കേണ്ടി വരില്ല എന്തിനെ തേടിനെ ആര് തേടി അതായിരം വെച്ചാൽ മതി വരുന്ന കാല ഒരു കൂത്രയ്ക്കെതിരായിച്ചു അന്നസീനാലിൽ മുത്താവാറ്റി മുത്താവാറ്റി ആര് വാബാത്തിൽ ഉണ്ടല്ലോ അതെല്ലാം മുത്താവാറ്റ് അതിനാന്ന് പറഞ്ഞവരുമുണ്ട് അവർക്കും എതിരാണ് ഉറച്ച കല്ലുപോലായി നല്ല അത് മുത്താബായ രണ്ടുമല്ലാമദീന ആ മുത്തഹീദായ ദാത്ത പോലെ വിശാരിച്ചാത്തിന്റെ കൂട്ടാര അമ്മാരാക്ക് ഒരു ശരീരത്തിന്റെ ദാത്ത പോലെ നമുക്ക് ശരീരത്തില്ലല്ല ഏതെങ്കിലും കാലത്ത് ഉണ്ടാവുക അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കണ്ടില്ല ഏതുപോലെയൂതി രാജിപതി മറ്റേ സമമ ആശിപത്താണെന്നുണ്ടോ ഏറ്റുപാടിയതാ കൗനുഭവൻ കൗനമോ കാനോ അജിതും കുമ്പൂത്തിന്ന് പറഞ്ഞു ആ നിശിബത്തിൻ അതായത് ആ കുമ്പോത്തിൽ അജിസി ലഘൂത്തായ മഹാമാരി നേരെ തിരിച്ചുവെച്ചാൽ മതി മിൻദാസിൻ എന്നുള്ളത് ഭയാനുള്ളി അംബ്രിൻ ഏതെങ്കിലും മത്തിന് പേണ്ടതാ മാനാവുന്ന പ്രത് ഐ അംല്ലുമല്ലുമ അം ഐ അബ്രിന്റെ ഭയാനാണ് മിൻദാസിൻ എന്ന് പറഞ്ഞത് നൊക്കോനുഭവം മുണ്ടതിൻ എന്നുള്ളത് ശിപത്തുണ്ടാവും അമ്രൻ ശിപത്താണ് മുണ്ടത്തിയായ അം പിന്നെ യാത്ര മുണ്ടക്കിയുണ്ടാവും അതിന്റെ അയ്യ ശ്രോട്ടോ മുണ്ടസിൽ ഞാൻ കമ്പളിച്ച് പറഞ്ഞിട്ട് അറക്കത്ത് കൊടുത്തില്ലേക്ക് മാത്രം ചേട്ട് നോക്കിയിട്ട് മുണ്ടസി അതിന് സ്വീകരിക്കാത്ത വലൈക്കും അതിനേക്കാ നോക്കണ്ട അപ്പൊ മഹാരാജ അപ്പൊ പുറത്തുപോയി മാ സാലുള്ള ഇന്നുള്ള അഗ്നി വിരോധി ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഇൽമു കണ്ടുക്കാൻ സാധനമുണ്ട് നമ്മുടെ സാൻ ഉണ്ടാവില്ല കാക്കി പക്ഷെ അതിലേക്ക് നോക്കിയാൽ ഞാൻ ചോദിച്ചു പക്ഷെ അള്ള ഉണ്ടാക്കൂരാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് മഹാരാജൻ മാറലുണ്ട് അതല്ല രാത്രിയിലേക്ക് നോക്കിട്ടാണ് ഉദാഹരണം ഇതുപോലെ ആ ജോന്നെയും ജാക്കോട്ടും ജാക്കോട്ടിന്റെ മല പോലെ ജാക്കോട്ടിന്റെ മല രാ ജയിക്കാണ് അതേപോലെ ആ വയലിന്നെയും സൈബത്തിൽ സൈബത്തിൽ രക്തമുണ്ടെന്ന് വാങ്ങില്ലേ സൈബത്തിന്റെ കടലി അങ്ങനത്തെ കയറുണ്ടായില്ല വെള്ളം പോലെ കടലി പെട്രോളിന്റെ കടലിൽ അങ്ങനെ കൂട്ടി പെട്രോൾ കൊണ്ടുള്ള കടലുണ്ടാവും എന്തായാലും വയറുണ്ടായാലും വെള്ളം പോലെ പക്ഷെ വൈമാരി അഭിജന നിയമം അബോജ നിയമം രാത്രിയൊക്കെ നോക്കിയാൽ എന്താ ഭാവനും മുമ്പിനും രാഷ്ട്രം വിശ്വസിക്ക് ഉദാവാൻ അമ്മാവിതാണ് ഇന്മ താലുക്കായപ്പോൾ അത് മാറി സ്ഥാനത്തെ അത് രാത്രിയൊക്കെ നോക്കിയാൽ സ്വീകരിക്കും വരും സ്വീകരിക്കും ജവാസിന്റെ കൂട്ടത്തിലാവിടുന്നു വപിന്ന വരു താലുക്ക് എന്ന് താലാർ അരുമു വിരോധി അതുണ്ടാവുകയില്ല എന്ന് അന്നാൻ എരുമു താലൂക്കായി എന്നെ നോക്കുമ്പോഴോ സുബൂസിനെ സ്വീകരിക്കുകയോ ചെയ്ത അപ്പം ഇത് മുസ്തയിൽ ഒരേ മുസ്തൈലി കൊടുക്കുക രാത്രിക്ക് നോക്കിയിട്ടല്ലോ ശേഷതങ്ങളെ കൗരിന്റെ ഹാറജ എന്ന് പറഞ്ഞില്ലേ എവിടെ പറയാന്ന് പറഞ്ഞു വാജിബിന്റെ ചരണം അന്നൽവാൻ സാധനം സാബിത്തായ സാധനമാണ് അതിപ്പം നിലവിൽ സുബൂത്ത് ഉണ്ട് അതോടൊപ്പം അല്ലവീലായും ഭാവിയിൽ സ്വീകരിക്കാത്തത് മുസ്തഹി എന്ന് പറഞ്ഞി ഇപ്പം മുന്തക്കിയാണ് അല്ലവിലാക്കൂത്ത അതാണ് വിദ്ദുൽ എന്ന് പറഞ്ഞത് പുറത്തുപോയി മാ താലൊക്കെ ഉണ്ടാവുകയില്ലെന്നുള്ള നിൽമു താലൂക്കായി ഒന്ന് പുറത്തുപോയി ഏത് വാക്കുകൊണ്ട് തീ ദാത്തി എന്ന വാക്കുകൊണ്ടാ പുറത്തുപോയത് താത്തവ്യത്തിന് നോക്കിയിട്ടില്ല അത് ഹറദീ മുസ്തഹീൻ മുസ്തഹയിൽ എന്ന താരീഖിൽ നിന്ന് പുറത്തുപോയത് ഈ കൈയോട് കൂടി മീൻതാത്തി എന്ന കൈകൊണ്ടാ പുറത്തുപോയത് അത് കടന്നിച്ചുകൊണ്ട് തീ താരിഫിൽ ജായിദ് പിന്നവരെ ഇല്ലാത്തി രാത്തലേക്ക് നോക്കുമ്പോൾ ജായിദ് എന്നല്ലായിരുന്നു അപ്പൊ ജായിത്തിന്റെ കൂട്ടത്തിരിട്ട് പിടിക്കില്ലേ ഇത് അവിടെ നിന്നും അങ്ങോട്ട് ഈ താരീഫ് അക്സറോ വളരെ ഷോർട്ടാണ് അല്ല ഔദഹമാണ് വസഹു കൂടുതൽ അസഹുമാണ് മീൻ കൗലിന നമ്മൾ പറഞ്ഞതിനാൽ കാണാ മാലാ യുസപ്പുറഫില്ലെന്ന് പറഞ്ഞ അപ്പുറം പറഞ്ഞതേമായി തന്നെ മാലാത്തസം എന്ന് പറഞ്ഞ അറിയിപ്പിനാ കാണാ അതിനെപ്പറ്റി ശ്രമിച്ചെന്ന് പറഞ്ഞു ആ അതിനാൽക്കാണ് അക്ഷറമാണ് ഔദഹമാണ് അസഹമാണ് അപ്പോ മൂന്ന് വർഷവും ഈ പരാതി പറഞ്ഞത് അക്സറാകാൻ കാരണം അക്കുറൂപ്പൻ സുറൂപ്പ് വളച്ചിട്ട് മാലായ സംഭവത്തിൽ അക്കടി പുതു ബുധു എന്നതിനേക്കാളും അച്ഛനും കുറവാണ് എവിടെ മാലയാക്കുമ്പോഴത്തുമോട്ട് പിതാത്തി മാലായക്കുമ്പഴുക്ക് മൂത്ത പീതാക്കി അച്ഛനും കുറവല്ലേ അച്ഛൻ്റെ പിന്നെ ഔലഹന കാണണ്ടാ രണ്ടാമത്തെ ദിവസം ഔലഹന്നല്ല പറഞ്ഞു മജാസാ അതിന്റെ അൽഫാ അതിന് മജാദാത്തൊന്നുമില്ല മജിന് മജാദ്ണ്ട് മാലായി തസംബുറൂന്ന് പറഞ്ഞാൽ മാലായു സജ്ജക്കുല്ല തസംബുർ പറഞ്ഞിരിക്കാ തസ്തീക്ക് മുഹാദാക്കി പോകണം എന്നാ അപ്പുറം പറഞ്ഞു ആക്ച്വൽ തസംബുറാക്കൽ എന്തും തസബുറാക്കാലോ എന്തും മഹാമാനം തസബുറാക്കല അപ്പൊ തസ്തിക്കാക്കൂരാന്നല്ല രണ്ടത് അപ്പൊ തസംബുറും പറഞ്ഞത് തസ്തീക്ക് നട്ടം വെക്കേണ്ടി വേണേണ്ടത് അത് മജാദായി മാറുന്നുണ്ട് ിൽ കോവർ ഹക്കൽ എന്ന കോവലിന് മാറ്റുണ്ട് അവിടെ അവിടെ ഫസീഹുൽ മജാദ് അവിടെ മജാദ്ണ്ട് അല്ല മജാദ് കസൂറ നിബാറത്തോടുകയും ചെയ്യാ സഫീക്ക് നഷ്ടം ബുക്കുകയും ചെയ്യാം അതോ മജാദ് പറഞ്ഞു ആ സഫീന്ന് പറയാൻ കാരണം ജാമ്യം മാര്യ എന്നരുന്നാണ് മറ്റേതിരി നോക്കട താരീഫ് സമീ ആകണം ജാമിയാവണം മാരിയാവണം പശ്ചാത്തലം അും പോണം ആ അതെല്ലാം പൊടിയും വേണം അല്ലാണ്ട് വാരിന്താ എത്ര അവർ അവരുടെ കിതാബിൽ പറയപ്പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ചെലവ് പറയാൻ അഹ് സിഫാത്തിന് അവ സിഫാത്തുള്ള അഹബാറുണ്ടല്ലോ ഏറ്റുപാരിയാ സിഫാത്ത് ആ അതിനാ ഷാമിലാക്കോ ആക്കാത്ത കേസുണ്ട് മാലാകത്ത് റഫീൽ ഹൂവിലുണ്ട് താരിഫ് ജാമ്യാവില്ല ആ കേസ് കൂടെ അപ്പൊ അയാൾക്കാളും അഹബാൽ ഉണ്ട് നോക്കുകയാണെങ്കിൽ ഈ കൗരഹന്ന് പറഞ്ഞാൽ അഹബാരുണ്ടല്ലോ പാതിഭാധിപത്തി പതിമൂന്നേ ഉള്ളതോണ്ടല്ല കൗരഭൂക്ക് ആ മാനവീയായത് സിഫാക്ക് ഇല്ല അത് അഹബാരികളാണ് അത് തന്നെ കഴിഞ്ഞപ്പോൾ ആ കൗരവ പ്രകാരം എന്തുവാണോ അത് ഇതിൽ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളുന്നില്ല എന്നത് തരീഫ് ജാമ്യമാകില്ല ഇതെന്താ കാരണം സഫുറത്തില്ലാത്ത അതെ ബുദ്ധിതത്തെ സൗഹൃദല്ല വെറ്റിപാരി ആയതുകൊണ്ട് വധാരിച്ച അത് അന്നഹ സാപിച്ചത്തും പക്കത്ത് വെറും സാബിത്താണ് ബുദ്ധിമില്ല ബുദ്ധിമുട്ടില്ല പ്രബൂത്തേ ഉള്ളൂ എന്നാണ് പ്രബൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ സൽമാതിരി പച്ച നെസിയുമല്ല സാത്തിനാക്കണ ഗിയായ കാണാവുന്ന ഭാഗത്തിന്റെ ബുജൂത്തുമല്ല അപ്പൊ ബുദ്ധിമുട്ടല്ലാത്തത് വേണ്ടിയിട്ട് ബുദ്ധി തസം പറവില്ലല്ലോ ഇല്ലാത്ത കസൂർ അങ്ങനല്ല അപ്പൊ പഴയ വാസുദസംബയിലുള്ള അതിൽ ബുദ്ധുതിന്റെയും അതിമിന്റെയും അടയിലുള്ള വാസത്തിയാണ് ഈ അയവാർ എന്നുള്ളത് അപ്പൊ അക്കര് ബുധുതക്കുറാവാത്തത് അപ്പൊ അയവാറുള്ള ഉസംറാവില്ല അയവാർ ഒതുവിടില്ലാത്തവരുടെ അസമുറാവില്ല അത് മൊഴിയുമല്ല വല്ല മാധ്യമം മാധ്യമത്വല്ല വാസിഫിയാണ് ബാഹിയ സാബിത്വം ഇതാണോ എത്ര ആരീഫ് ജാമ്യമാവുന്നില്ലാന്നല്ല കേസ് പിന്നെ ക്വാമിൻ താരിക്ക മറ്റൊരു എത്ര ആളെ അന്ന കുരി മാലാട്ട സബുറഫി അക്കെല്ലാം അക്കൗറാ ഭാഗത്ത് അല്ലേ അപ്പൊ സൽാത്തിന്റെ മോനെ സാധിക്കായി പറയുന്നു അപ്പൊ താരിഫ് മാനിയാവുന്നില്ലാന്ന് تاريخ ما هيه لله؟ سلبية صفاته لا؟ إذا منا مصار مخالف الليه واضحة يوم من نفسه وحدانيسه إيه أنتسي بتعملوا سلبية صفاته سلبية صفاته نمو الليه عند وريه مالات تفره في الله كله حدوده غال حدود تصبره وطن فان سلبية عدم الله سلبية صفاته نمو عدم دادين؟ عدمي عدم الله عدم تصبره وطن അതിൽ മുഴുവൻ തസപ്പുറ അതിനിയായ കാലത്ത് മുഴുവൻ തസപ്പുറാവില്ലല്ലോ അതുമുള്ള അവലീയത്തിനല്ലേ പറയുന്ന പിടമൂന്നു പ്രത്യേക സാധനയില്ല അവലീയത്തില്ലായ്മ ഇല്ലായ്മ ഇല്ലാതെ തസപ്പുറങ്ങിയില്ലല്ലോ അപ്പൊ താരീഫ് നേരത്തെ പറഞ്ഞ പ്രകാരം ജാമ്യമായിട്ടില്ല ഇവിടെ മാന്യമായിട്ടില്ല ഇതല്ല മുസ്തലത്തില അതെന്തോണ്ടാ തസ്പുറാകാത്തത് അന്ന അധുരൂടാ സിതാത്തിന്റെ മധുരന്താ അത് അമുടിന്റെ ഇല്ലായ്മയാണ് അത് മുൻ അവന്റെ ഇല്ലായ്മ ബക്കാൾ അത് മുൻ ആസരിയത്ത് ആസരം അതിന്റെ ഇല്ലായ്മയാണ് ബക്കാൾ എന്ന് പറഞ്ഞാൽ ബക്കാലത്തു പറഞ്ഞാൽ മുമാസരത്തിൽ ഇല്ലായ്മ അപ്പൊ മുമാസരത്തിന്റെ ഇല്ലായ്മ എന്ന് പറഞ്ഞ ഇല്ലായ്മ സുഹൃത്തുക്കല്ലോ ായി പോലീസ് മഹാനം എത്താൻ അള്ളാഹു തലാത്തിൽ ആയിട്ടില്ലാത്ത സമൂഹത്തിന്റെ അക്കനി അതിമിയായ കാര്യം അക്കനിൽ തസകൂറാവൂലല്ലോ ഏതോടൊപ്പം ടിക്കാർട്ട് സ്വരൂപാണെങ്കിൽ കമീനിൽ വാജിപ്പ് താരീഫ് എന്താ ഇല്ല മാനി ആയിട്ടില്ല എന്നിട്ട് പോലെ വാജിപാത് മൊസൈലി പെട്ടികൾ പെട്ടികളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഫാനെ സ്വീകരിക്കാത്ത വാതിലാണ് സിഫാത്ത് സുരോഗ് പെടേണ്ടത് തയ്യാ അത് മുസ്താദി വാക്കി ബി അതാണെങ്കിലോ ഈ സിഫാത്ത് സുരോബ് വാക്കയിൽ ഉണ്ടാകാനും അലസ്റ്റിൽ നമ്പ്രീനും ഉണ്ട് അതന്നോ വാങ്ങുന്ന സൈ ആവില്ല ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റിട്ടല്ല വാതിബിൽപ്പെട്ട സാധനം മുസ്താഹിലേക്ക് കടന്നു ചേരുന്നുണ്ട് എന്നുള്ള കാര്യം മാനി ആയിട്ടില്ല എന്നുള്ള കുഴപ്പമുണ്ടെന്നാണ് ഇപ്പോൾ വന്നത് കണ്ട ഇത്ര ആകെ പറഞ്ഞതാണ് സാഹിത് ജാമ്യമാവില്ല മാനിയാവുന്നില്ല വഹുവെ ഇതുകൊണ്ട് ഇസ്മാനിയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞാൽ മതി ഇതുപോലെ തൊലുബിൽ ജെറിമി ജെറുമ്പോൾ ഒഴിവാത്തതുപോലെ അതിൽ ഹറക്കത്തിന് ഹറക്കത്തുമില്ലാത്ത സുക്കോറും ഇല്ലാത്ത ഒരു ജുറിമുണ്ടാവില്ല രണ്ടാമത് ഒന്നും കൂടാണ്ട് വരില്ല രണ്ടിനെ തൊട്ടും കാര്യ അത് അങ്ങനെ കാര്യമാവില്ല എന്ന് മനസ്സിലാക്കല് ആ തൊലുബുള്ള ഒരു സ്ഥലം ഇതാണ് അത് نمتلك آل... تعاليه... فكروا أنت وأنهم ليسوا لي يقول لك الشديق الله تعالى الله تعالى كي شديق محالا من يوم عد الله أنفا صبراني قريتك اندقنا هذا الشيء الذي يقولون انتوه أنت شديق الله تعالى انتوه أنتوه أنتوه انتوه أنتوه في... أنتوه أنتوه أنتوه مينة نمتلك وكل عمد قابل عمد قابل من لنك െ അത് അതിന്റെ ഹതിദാത്തിലേക്ക് നോക്കി ഹട്ടദാട്ട് പറഞ്ഞ കാൽക്ക് നോക്കിയിട്ടില്ല കാഴ്ചയിലേക്ക് നോക്കിയാൽ ജാതി കാഴ്ചയിലേക്ക് നോക്കിയാൽ അത് മഹായാകും അല്ലെങ്കിൽ മാറ്റി പഠിപ്പിക്കണ്ടും അതിലേക്കാ ഹാത്തിലേക്ക് മാത്രം നോക്കൂ അതെ പറഞ്ഞാൽ ആ കൈവെട്ടി അഹളം ഇമാറ്റ കണ്ടമ മുമ്പ് ഒന്നും രണ്ടും വിഷയത്തിൽ ഉണ്ടാക്കുന്ന സീതാറ്റിയും കൂട്ടർ പറഞ്ഞിട്ടില്ല കാരു നോക്കിട്ടുള്ള തീരുമാനം നോക്കണം വാജിപ്നായിട്ട് സീതാറ്റിയും പറഞ്ഞു സീതാറ്റിയും അപ്പൊ ജയിജിന്റെ അതേ അഹദമിമാട്ടക്കണ്ടമ അപ്പൊ ഇന്ദിപ്പായിനെയും ഉണ്ട് എന്നാ പഹവ ജാജ് അത് അത് പറയാൻ അറിയുന്നില്ല അതുകൊണ്ടത് ഇസ്ലാമി വേണ്ട ിരിമി ഒരു ജിർമിന് ഒന്നിക്കും അറക്കത്ത് വേണം എല്ലാ സുഖവും വേണം എങ്കിലും അത് ജായിതാണ് അറക്കത്തന്നെ വേണമില്ല അറക്കത്തില്ലെങ്കിൽ സുഖം ആയാലും മതി സുഖവും അല്ലെങ്കിൽ അറക്കത്തായാലും മതി ഏതെങ്കിലും ഒന്നും ജായി രണ്ടിനും ഖാലിയായാലാണ് ഉസ്തമേ അത് മൂന്ന് വിധാന പറ്റുന്ന പറയും ഏറ്റവും പാർട്ടി അടച്ചാൽ മതി ജോലി ഉണ്ടാകുന്ന അറക്കത്തെ സുഖൻ മാത്രം മോന്നേ വിധാനാക്കാൻ വാചിപ്പിനു നോക്കാം മുസ്തഹീനോ ആക്കാം ജായിച്ചു നോക്കാം ഏതെങ്കിലും ഒന്നും ഉണ്ടാവില്ല ഇന്നത് മാത്രം പോണമെന്നില്ല എന്നല്ലേ ജായിച്ച് ഏതെങ്കിലും ഒന്നും ഉണ്ടാവില്ല വാചിക്കണം തണ്ടിട്ട് മുസ്തഹീനോ അത് തന്നെ ഉണ്ട് എന്നിവരൊക്കെ ഇഷാപത്തിലാക്കി കുറ്റകൃത്യം ചെയ്ത് കാറ്റ് അന്ന് കൂലി കൊടുക്കുന്നു അതായത് നാട്ടിലേക്ക് മാത്രം നോക്കുക ജായിക്കാണ് പക്ഷെ അറിയാ വേറെ നോക്കുമ്പോൾ കിട്ടിയിടാൻ വരുന്നത് പക്ഷെ അറിയേ ഒറ്റ നാട്ടത്തിൽ മനസ്സിലാകുന്ന കാര്യമല്ല നികുതിയാണ് അതുപോലെ മുത്തി ആ ഒരു മനുഷ്യന്റെ അതാകും കിട്ടുന്നു അക്കൻ്റെ മതിയോ കായികം ആ കൂട്ടത്തിൽ എനിക്ക് കുറെ കാര്യം പറയാറുണ്ട് ഇത് ആ ശിവൻ അക്കി തുന്ന അവസരത്തിൽ ഭാരം പറയുക വിശപ്പങ്ങോട്ട് മാറുക ഇത് വാജിപാണോ ജാവിതാണോ അക്കനെയായി മാത്രമേ ഉള്ളൂ വാജിപല്ലാന്നാണ് തുമ്മെന്ന് പറയുന്നത് വിശപ്പ് മാറില്ല എന്നുള്ളൊരു വാജിമൊന്നുമില്ലാന്ന് മുണാരില്ലേ വൻ നെഹ്റാക്ക് ഇന്ത്യത്തിന്മാരി സ്പർശിക്കുന്ന അവസരത്തിൽ നെഹ്റാത്ത് എന്നുള്ളതും എന്താ കാരണം എന്തിനാണ് അഖലിയ ജവാദി മാത്രം ഇല്ല അതെന്തിനാൽ ആദിയായ ഹക്കുമിൻ്റെ ആദിയായ ഹെക്കുമാണ് ഒന്നോതില രണ്ടോ രണ്ടിലോ തവണ സംഭവം നടന്നു കഴിഞ്ഞാൽ ആദിയായി മാറിയില്ല ചില കണ്ട വകുപ്പ് ഉണ്ടാകാൻ പറ്റില്ല എന്നു ജാൻ ഇരു ജാദിയാണ് അക്കലിയാണു അതോടൊപ്പം തന്നെ ആദിയായ അത് ലക്ഷിതാവിനെ ഞാൻ മാറ്റിക്കൊണ്ടിരുന്നാൽ മതി ബൽഹാറ്റു ചേക്കത്തിൽ പറയട്ടെ ചേഫുന തന്നെ തക്കരാക്കിയതുപോലെ അതാ പറയുന്നു മുസന്നിഫിന്റെ കേസ് ആ ഈ സാരി പറയുന്നു സാരിയും മുസന്നിഫൊന്നു അപ്പൊ അവരുടെ ചേച്ചെന്ന് പറയുമ്പോ സാമിയുമാനന്റെ ചേച്ചിന്റെ ആ അവർ പറയുന്നത് അന്ന എൻ മകളെ നിഹ്റാക്ക് നിഹ്റാക്ക് പോലോട്ടത് എന്ന് പറഞ്ഞ എന്താ അതെ എന്താ മോശത്തിൽ നാല് തൊടുന്ന അവസരത്തിൽ നിഹ്റാക്ക് പോലോട്ടത് അതുപോലെ തുന്നാട്ടുന്ന അവസരത്തിൽ പോരാട്ടത് മാത്രം നിലനോക്കിയാൽ ജാതിയായ ജായി ഹക്കുമൻ അക്കളിയാണ് നിയാണ് ജാരിജൻ ജായിരുന്നു ഞാൻ നല്ല അച്ഛന അക്കല ഇടാത്ത അമ്മ അത് നെ ജാദിൻ തകരിപ്പെട്ടവളാണോ പറയുന്നത് അക്കലെ ഒന്ന് ചിന്തിച്ചു <laughs> <ality> െ അപ്പം അള്ളാഹു ആണെന്ന് ചിന്തി അത് മുൻപരുതാ കൊണ്ടും ഏതാണെന്ന് കൊണ്ടും മുൻപരുത അവനാണെന്നും അറിമാ അതിന് എത്തിക്കാൻ കിട്ടും അല്ലല്ലി താരാ വഹദോ അക്കാളുകൾ മുഴുവനും അള്ളാഹു താരാക്ക് മാത്രമേ ഉള്ളൂ ൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ദൗത്യം എല്ലാവരും ചെയ്യുന്നത് അപ്പൊ നാളെ ദൗതി എല്ലാം തീരെയും പാകം ഉണ്ടാവില്ല മാത്രം വേണ്ട അവർ എന്ന വാതിലും ഇത്ര പഴച്ചുപോയ പാർട്ടി എതിരായിട്ട് പറയുന്നു അവർക്കെതിരാണ് അവർ തകൃത്തീർന്ന ഇസനാത് ചെയ്യുന്നു പോലോത്തത്യാ വരാൻ കഴിയണം നമ്മൾ മിസാലിലേ തകൃതീര് ആമു അപ്പൊ തകുത്തീര് അഖിലേക്ക് ഭക്ഷണത്തിലേക്ക് ഇസനാത് ചെയ്യുന്നു തകൃതീര് എന്തിലേക്ക് ഇസനാത് ചെയ്യുന്നു മരുന്ന് അതായത് നെഹബിന്നാർ എന്ന് പറയാൻ കാരണം തകൃതീർ ആമക്ക എന്നിട്ട് നാറു എന്നുള്ളത് ഓരോന്ന് അതായത് കൂട്ടി കൊടുത്തുകൂടാ അത് എങ്ങനെയാണ് അതിൽ തന്നെ പാർട്ടി രണ്ടുണ്ട് ഒന്ന് തടറി കൊണ്ട് തന്നെ നടക്കുന്നു എന്ന് പറയുന്നവര് മറ്റൊന്ന് വൈകുദ്ധ്യ കൂപ്പത്തിൽ മോദിയെ തെറ്റിയ അല്ലെങ്കിൽ അതിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു കുമ്പത്തുണ്ട് എന്ന് പറയുന്നവർ അതിൽ തന്നെ രണ്ട് പാർട്ടിയുണ്ട് അതെല്ലാം മുമ്പറ ഭയാന് وهذه الوالي كما يقول في الهدوات يد هذا التبار وَمَنْ يَكُلْ بِالْتَّبَعِعُ بِالْعِلَّةِ بسم الله هذا كفران من رجل وَمَنْ يَكُلْ بِالْقُوَّةِ الْمُودَاعَةِ فَذَاكَ بِدَعِيٌّ فَلَا تَلْتَفِتِي نَرْنَ وَذَاكَ سُفُرٌ مِنْ دَاغِرٍ بِاللَّةِ وَمَنْ يَكُلْ بِالْتَّبَعِعُ بِالْعِلَّةِ ില്ല അപ്പൊ ഇപ്പൊ ആദ്യം ഇപ്പോൾ ഇപ്പോഴത്തേക്കതായി ജാദിൻ നഗരിലേക്ക് എത്തിച്ചു കഥച്ചാൽ അതിന് അതിന്റേതായ പ്രവൃത്തി കൊണ്ട് തന്നെ മാറും അതിൽ അത് പ്രവർത്തിക്കുന്ന സാധനമാക്കാം എല്ലാം വെക്കുമ്പത്തല്ല അത് മാറ്റാളല്ലാതെ ഒക്കെ നീല് ചീറിയിൽ വെച്ചിട്ടുണ്ട് അതമ്മിൽ വ്യത്യാസമുണ്ട് അത് അത് ഇത് സ്വയം തന്നെ പ്രവർത്തിക്കുന്നു മറ്റേത് അന്നാൻ്റെ അകത്ത് നിന്ന് കിട്ടിയാ ഇതിൽ നിക്ഷേപിക്കപ്പെട്ടെ എമർജൻസി ലാമ്പ് വരെ ഇപ്പ എമർജൻസി ലാമ്പിൽ സ്വയത്തെ കൊണ്ട് പിടിച്ചു വെച്ചേക്കും ഹിറ്റിന്റെ മേല് തക്കറുവാ രണ്ടോ രണ്ടിൽ കൂടുതലോ തവണയെ വേണ്ടതുണ്ട് അങ്ങനെ തക്കറുവാരിക എന്ന ഹൈസത്തിന് കൂടി നോക്കുമ്പോൾ സുമ്മൻ ഹാഡ് ചെയ്യാത്ത മാറ്റാം ഹൈസിറ്റ് മാറ്റുന്നതോ ഓരോന്നിനും പെടുത്തിക്കൊണ്ടിരിക്കാം നിനക്ക് മനസ്സിലായി ആ സുപൂത്താക്കുന്ന ഇതുണ്ടല്ലോ അറക്കത്ത് എല്ലാവരും അത് അക്കനിയായ മൂന്ന് കിസ്മിന്റെ മിസാലാക്ക വാതിബിന്റെ അക്കനിയും മിസാലാക്ക മുസ്ലാഹീറിന്റെ അക്കനിയും മിസാലാക്ക ജായിദിന്റെ അക്കനിക്കും മിസാലാക്ക അതങ്ങനെ ൻ വാജിബു വാജിബു എന്ന് പറയുന്ന ഏതെങ്കിലും ഒന്ന് സുഗൂത്താകണം എന്നത് ലാ ധ്യാനിഹി ഇന്നത് പോണമെന്നില്ല ഹറക്കത്താങ്കർക്കുള്ള സുക്കുനാങ്കർക്കല്ലോ ഏതെങ്കിലും ഒന്ന് വാജിബാകുന്നു നമ്മ മുസ്തഹ ഏതായി രണ്ടുമില്ലാതിരിക്കൽ മുസ്തഹയിലായി ഹറക്കത്തോ ഏതെങ്കിലും ഒന്ന് ധ്യായി എടുക്കുമ്പോ എന്താ لابعي له جل جرمي والمستحيل ذا لفيهما معاً عنه جرمي يطور داند لفيه جفره جائزة تبوط هذه ما له بالخصوص أنه كالحركة نماتنا تبوطاً كلي هلو سكون نماتنا نماتنا الجائزة ملا إِنْ دَوَرْيَمُونَ قَوِلُهُ كَإِثَابَةِ اللَّاسِ وَتَاذِيبِ الْمُطِعِيَدِنَا مِثَالَ كِلِهِ ജായിസ് നൽക്ക് അല്ലെ ഇനി മിസാരം ആരെ കണക്ക് പ്രകാരമേ പോകുള്ളൂ ആരും സിനിമ പ്രകാരമേ പോവുള്ളൂ മേറ്റിലാക്കണം അത് പ്രകാരം ബേ പെട്ടൻ കൂലിനെ ബാധ്യം കുട്ടി വാങ്ങുന്നവർ പറയും ആ ശമ്പളം ചെയ്തിട്ട് വാങ്ങൂ എന്താ ചോദിച്ചു ഞങ്ങളുടെ പണിപ്പിച്ചു കുടിയാണെടുക്കാം അന്ന് ഞാൻ ആ വാജി പറാണെങ്കിൽ മറ്റൊരു ആക്കൽക്കാരുടെ വാജി പറ്റും നമ്മൾ പറയട്ടെ അന്നെങ്കിൽ വാങ്ങാറേ ഉള്ളൂ ജായിസ് മാത്രമേ ഉള്ളൂ അള്ളാ കുജന്നുമില്ല അപ്പൊ ഹാദ ഹാദൻ മിസാലു ഈസാബത്തുല്ലാസി താദീബിൻ മുഖ്യന്നുള്ളത് അക്കലിയായ ജവാദിനെക്കുള്ള ഇന്നലബി അഹലിസുല്ലേ ഉള്ളൂ ചിലപ്പോ സാധിക്കും നിങ്ങളുടെ പ്രത്യേകം ഒന്നല്ല അടിമകൾക്ക് സലാഹോ അസുലഹോ അതായത് സലാഹമുണ്ട് അസുലാദുമുണ്ട് എന്നാ സലാഹ മാത്രം ചെയ്താൽ വാജിബാന്നു സലാഹമുണ്ട് അസുലഹമുണ്ട് എന്നാ ഉണ്ടാകണം അസുലഹന ചെയ്ത് കൊടുക്കൽ വാജിബ എന്നാ പറയും ആര് മതകൾ അവരുടെ വാദം ആ വാദക്കാർക്ക് കിടന്നു ഇത് വാജിബില്ലാന്ന് പറയുന്നു ബാൽ ജോജി സുധാരിക്കാൻ ഈ അമ്മാവത്തല്ലാത്ത അടക്ക് ജായിസ് മാത്രമേ ഉള്ളൂ അതമു അല്ല അത് മുൻജായി അതുകൊണ്ട് പോകുമ്പോ ജായിസും അച്ഛലിയും അമ്മ ഇന്ത്യൻ നേട്ടത്തിലോ പയ്യോഹനീ ഇത് മുസ്തഹിദാണെന്നാണ് പറഞ്ഞ വിതുകൊണ്ട് ഈ കൗലിയും അവർ പറയുന്നത് നീ ബുദ്ധിമുട്ടി സലാഹിം അല്ലി സലാഹം അസലാഹും വാജിബാണെന്നാണ് അമ്ലാബത്തല്ലാ എപ്പഴാ എപ്പോഴാ സലാഹ് സലാഹമുണ്ട് സലാഹ ഇല്ലാത്തതെന്നും വന്നാൽ സലാഹ വാദിച്ചു സലാഹമുണ്ട് അസുലഹമുണ്ടെങ്കിൽ അസുലഹ വാദിച്ചു ആരും ഇല്ലേ അവർ വാതം അങ്ങനെ എങ്ങനെ ജവഹറത്തിന് പ്രിസ്ഥാനക്കല്ലോ അലം ഞായലോലൊക്കെ പറഞ്ഞു വിശാലം പറഞ്ഞിരുന്നു من كل حكم النادي عادية لحكمنا الإنوال هذا مهتور يتالى تجري عند الماء ولنقل كنا وساركت الداهم دير لبوالي يتالى ولقطة عند السكين كتبه كنا وساركت المركة لبوالي أروا لباة الزرع عند باطل الأرض بومي عندها كلاكسو مرسي بنتا وساركت الادل الزرع وقتل من دلّا موتل من دلّا هذا التعادية ചുരുക്കത്തിൽ സ്വജനീയമായ അഹസുരം എന്തല്ല അസ്വാഭാവിക ആദിയായ അസ്വഭാവനുണ്ടായിട്ടിരുന്ന് മുഴുവൻ കൂട്ടിക്കൊള്ളു ഞാൻ വേറെ കുറിച്ച് വ്യക്തം മാറും പോലെ ഇന്ന മിശ്രെഹറാക്കി എന്ന് പറഞ്ഞാൽ ആയി മിൻസുല്ലാം എന്തും ലെഹറാക്ക എന്നുള്ളത് ഉദാഹരണം അത്രയായ ജൈത് മാത്രം അത്രയായ ഒരു കത്തറുള്ള വിസഭമീഹിയതിന്റെ സ്വഭവമായി ബന്ധപ്പെട്ടു ഞെത്തന്നോട് തന്നെ ദാഹവുമായിട്ട് വെള്ളം ബന്ധപ്പെട്ടു പിന്നെ കത്തിയും ഗുണിയും നമ്മുമായി ബന്ധപ്പെട്ടു അതിന്റെ കബറുകാരല്ലേ കബർ ഇന്നുള്ളത് മഹദൂപ്പുൻ അത് മഹദൂപ്പാ എങ്ങനെ മെഹദൂപ്പ് തകദീരോ അത് തസ്തീർ സീ തസ്തീരും എന്ന് സംഘടിപ്പിക്കണം എന്നിട്ടാണ് ഇങ്ങനെയാണോ ഇനി ഞാണോ എന്നെല്ലാം പറഞ്ഞത് അന്നമസൻ ലിഹറാക്കി കമാശേഷിൻ ലഹറാക്കിറാക്ക് പോലോത്തത് എപ്പോൾ ഇന്ന് ഉമാശത്തിനാറിന്റെ അവസരത്തിൽ തീരുവരുന്ന അവസരത്തിൽ പോലോത്തത് എന്ന് പറഞ്ഞിട്ട് ഖബർ ഇവിടെ ഇന്ന വർത്ത ഇരയും ഇന്നയിർത്ത ഇരയും അതാ ആ തഫ്സിൽ ആണ് ഖബർ അപ്പൊ അവിടെ കബറ് ഇവിടെ ഉണ്ടാക്കണം വസി തഫ്സിൽ എന്ന് കുറ്റിക്കൊടുക്ക എന്താ തസ്തിയിൽ മാസം നിശ്ചയിച്ച ഇന്നലെ തൈലെ ഈ നേടി സത്യനുണ്ടായി തക്കതിക്കുമെന്ന് അക്കലൻ പോയി സത്യക്ക് പോയി വൈ ഇന്നലർത്തൈല ഈ എന്ന് പറഞ്ഞിട്ട് മിന്നി തക്കു അടൽ നിന്ന് നോക്കുമ്പോൾ ആഡ് ചെയ്യാന്ന് അച്ഛൻ ബീസി നോക്കി അഷാറായി ഇന്നലർത്തയിലേ ഇങ്ങനെ കുത്തി വായിച്ചോ അതായത് ഖബറും അക്കൻ അഹുതി പറയേണ്ട ആവശ്യം പറ്റില്ല इम्मा बितबई तबअ कुंदु वरनलो वल कालि बितबई काफिरुन वबिल कुवति मुदाहताय पुं उबत्त कुंदु बरेनाडा फासिकोन फासिकवान अ बंडम बंडु व तजियु इलाहला लिका मतिलम वशराहन इदिल रियाखान मतिलम शराहन वलाम बोगुंदु अ मनी यतल बिल कुवतिल मुदाहति फदाता बिदईयम फातन ताफितीन ओदवा शराही ൂഹൻസും അപ്രകാരമാണെന്ന് പറഞ്ഞിട്ട് ബാത്തിന്യായ ഹവാസില് വിജിതാനിയാത്ത ദാഹം ബശത്ത് സുവോറ് മുതലായ കാര്യങ്ങൾ താരീഖിന്റെ മുകളിൽ ഒരു ഇഷ്ടാക്കുന്നത് അതിനാ മമ്പിക്ക് തോന്നണമെന്ന് പറഞ്ഞത് ഇപ്പൊ മമ്പിക്കിന്റെ ആവശ്യപ്പെടാ സ്വയം കുളിച്ചീഫനിൽ മാനിക താരിഫ് സാധാരണ പറഞ്ഞു മാഹിയത്തിനാണ് താരിഫ് അറിയുന്നത് അഫ്രാദിന് താരിഫ് അറിയാറില്ല താരിഫിന്റെ മാഹിയത്തിന് അഫ്രാദിലേക്ക് ചെലവാക്കപ്പെടുക അപ്പൊ നിങ്ങൾ പറഞ്ഞ അല്ലാണ്ട് റൂട്ട് മറിക്കും താരീഫിലൊക്കെ പറഞ്ഞ് കൊല്ലുമാ കൊല്ലുമാ കൊല്ലുമാന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലുമാന്ന് പറഞ്ഞ അഫ്രാദിന്റെ അല വയ്ക്കുക കൊല്ലു കൊടുത്താൽ അഫ്രാദ് താരീഫ് മാഹീത്തിനാവിഹീത്താ പോവുക പണ്ടുകൊണ്ടുണ്ടല്ലോ താരിഫ് ഒരു ഹുക്കുമിയത്തിന്റെ ഹുക്കുമ് കൊടു കൊ കൊ കൊ കൊ കൊ കൊ ഇപ്പ കഴിഞ്ഞ ആഴ്ച അല്ലേ ഇവിടെ മന്ത്രിക്ക് ചോദിരുന്നു അത് പറയതായിരിക്കും അല്ല ഇൻസാൻ ഹെവാൻ അവിടെ കൊല്ലു പറഞ്ഞു കൊല്ലും അപറാദിലേക്ക് എത്തുക താരിഫ് മാഹിയത്തിന് അവരുണ്ട് കൊല്ലു കൊടുക്ക മാടത്തേക്ക് പോയി അപറാദിലേക്ക് പോയി അപ്പൊ നിങ്ങൾ താരിഫിന്റെ കൂട്ട് മാറിപ്പോയിരിക്കും അത് കൂട്ടുമാണെന്ന് പേര് കൊടുത്തു അപറാദിലേക്ക് പോയി ൻ എന്നുള്ളത് അപറാദ് അപറാദിനുള്ള സാധനമാണല്ലോ അപ്പൊട്ടിട്ടുണ്ട് അവിടെ കൂട്ടിയിട്ടില്ല അവിടെ നമുക്ക് ഉത്തരവാദുമില്ല പിന്നീട് മുസ്തഹിഡ് എന്താണ് വൻ മുസ്തഹിഡു കൊല്ലുമാൻ കൊല്ലു അമ്പിൻ ദന്ത എണ്ണത്തിൽ കൊല്ലു കൂട്ടിക്കളഞ്ഞു അത്യാവര കൊൽത്തു അതിന് മറുപടി ലബന് കൊല്ലു എന്നുള്ളതുപോലെ അവിടെ ദാരി വെച്ചുള്ള ഇർത്തും ബൈറ്റിന്റെ അറുപത്തിന് വേണ്ടി തൽക്കാലം കൂട്ടിച്ചേർത്താനുള്ള കാര്യത്തിൽ കൊടുക്കേണ്ട വെച്ചാൽ ഉത്തര ഒന്ന് രണ്ടാമത്തെ പറയപ്പെട്ട് താരിഫല്ലപുറാത്ത മാത്രമാണ് ലാവിത്തും താരിഫും വ്യത്യാസമുണ്ട് ലാഭത്തിൽ മറ്റുള്ള അമറിൽ നിന്ന് പുസ്തകക്കായ അമറിൽ നിന്ന് വേർതിരിക്കാനുള്ള അവർ ഇന്ന് പറയാൻ കഴുണ്ടോ അത് റസമുണ്ടോ അതുമുണ്ടോ ഒരു നാവിക് ൂടി പറയാനുള്ള ഉദ്ദേശം പറഞ്ഞു താരീഫിലേക്ക് ചാർജ് ചെയ്തതാണ് ഭാഗ്യത്തിൽ ചേട്ടാ അപ്പൊ സത്യത്തോ താരീഫൻ താരിഫിന്റെ പേര് കൊടുക്കൽ മജാജാണ് ലാവിച്ച് ആണോ നമുക്ക് സൂര്യം നിൽക്കേ കൊല്ലും എന്നുള്ളത് അല്ലെങ്കിൽ ഹെക്കുമില്ല അപുറാദ് അപറാദിന്റെ ഹെക്കും ലബുത്താക്കാനാണ് സാധാരണ പുല്ലു പറയാറുള്ളത് താരിഫിൽ മുസ്തഹീബൽ ജായിദീന്നുണ്ടെങ്കിൽ എന്നുള്ള മക്കസൂദ് ഭയാനുള്ള അയിക്കെട്ടുകൾ അവിടെ മക്സൂദ് ഉള്ളത് എനിക്ക് മുസ്തഹീവിന്റെയും ജായിദിന്റെയും അക്കൈക്കറ്റും ബയാൻ ചെയ്താണ് മക്കസൂദ് അതുകൊണ്ടാണ് നമ്മുടെ താരിഫിന് പറയാൻ കാരണം എത്ര ആൾക്കാർ പറയുന്നത് താരീഫ് പറയാൻ حقيقة تنمعيط مأيان جيانا من الأفراد لبعضها لبطاكا لأي الله إنك شيء قلت بارده أولا تعريف لأنني مأتراه لأفراد أفا من أنه هذا تعريف لأنه عبدا أفراد للمرورة الظهورة الظهورة الظهورة لقد أنتم رواريها أنتم رواريها أو أنمو أب الكرام الله جباب الناخرى وأنك كل ذائقين محصورة أولا أنك تعريف لأنه عبدا أفراد من نورك إنها الأفراد അരുണി എന്ന് പറയാതെ കണ്ട് എന്താ പറയുക എന്നാണ് താരീഫിലെല്ലാം പറഞ്ഞുതന്നത് മൂന്ന് സ്ഥലത്ത് അതല്ലേ തമ്മിൽ വിശ്വാസമുണ്ട് എന്തുകൊണ്ട് ഉജ്യൂതി അടുമ്പുന്ന അഹത്തായി പോകും സുബോട്ടിയന്തിഫ എന്നുള്ള വൈനാക്കാണ് ആന്മാണ ഉജ്യൂദിന ആന്മാണ സുബോട്ടി എന്നുള്ളത് നമ്മുടെ നീക്കിന്റെ കാര്യം ഇവിടെ കുറച്ചാ അപ്പോൾ എല്ലാ മുഴുവനും സുഹൂത്തല്ലാന്നോ സുബൂത്തെല്ലാം മുണ്ടായിക്കൊള്ളുന്നില്ല മുഴുവനില്ല നമ്മൾ ശേഷം ഉത്തരക്ക അതുമല്ല മുണ്ടഫി എന്ന് പറയാം മുന്ത ഫീ എല്ലാം അതുമായിക്കൊള്ളുന്നില്ല അല്ല അങ്ങനെയുള്ള തിരിച്ചു വേണ്ടി മുന്ത ഫീ എല്ലാം അതുമാണ് അതുമല്ല മുൻപി എങ്ങനെയാണ് വേണ്ടത് മുഴുവനെല്ലാം സുഗൂതോട് ശരി തിരിച്ചു എനിക്ക് സുബോധിന്റെ ഓപ്പസിറ്റല്ലേ എനിക്ക് നേരത്തെ ആന്മാരിപ്പ നേരത്തെ ഭാസ്മാല്ല അച്ഛൻ ദിവസം അതുമെല്ലാം ഉണ്ടാക്കിയ ആക്സൈ അതുമെല്ലാം ഉണ്ടാക്കിയാണ് അപ്പൊ അവിടെ മുന്നറിയ അതും ഉണ്ടാക്കിയല്ലേ അത് എന്തിനാ കാരണം ഈ തശ്മ താരീഫും ഏർപ്പെട്ട മൂന്ന് താരീഫും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് അല്ല അഹവാൻ നീ ഉൾക്കൊള്ളിക്കണം അഹബാൻ എന്താ സാധനം ബുജൂരല്ല സുബൂത്ത് മാത്രമാണ് അതെ അച്ഛർ അഹബാൽ ഉണ്ട് എന്ന് വെച്ചു പറിലാഫുണ്ട് അഷാരി മാത്രമേ നമ്മൾ ഫിലാഫുണ്ടാ വിഷയത്തിൽ മാത്രമല്ല ആകാർ എണ്ണുന്നുണ്ട് അല്ലാതെ ഇല്ല അതുകൊണ്ട് ഇപ്പൊ തുടങ്ങുമ്പം തന്നെ പതിമൂന്ന് പാതി പാ സിപ്പാത്ത പതിമൂന്ന് എണ്ണു അപ്പം തന്നെ പടപാത എടുക്കാതെ തരുത് വേണ്ട അധികാര ടീം വേണ്ട പതൊക്കെ മാർക്ക് ഇട്ടി യോഗം വിളിക്കാനായി ശേഷം പാക്കാണ്ട് അങ്ങനെ നിന്ന് പറഞ്ഞത് പോലെ അതപ്പോ അപ്പൊ യോഗം വിളിക്കുന്ന കുറച്ചും കൂടെ എത്തുന്നു പറയൂ പതിമൂന്ന് സിപ്പാത്ത പാചിപ്പാന്ന് ും കോൺ കോളാണ് കുജൂതിയല്ലോദിന്റെ പ്രൂത്തി ഉണ്ട് ഒരു വേഴ് ഗുജൂതി ഏഴ് ത്രിമൂത്തി ആ ത്രിമൂത്തിയുടെ പോകണം ഈ അഹമാടികളിൽ ആ തസ്സി അത്തിലേക്ക് കൊടുത്തല്ലോ അത് കൊണ്ട് കൊടുക്കൂല ഇത് നിൻ ജിമത്തിന്റെ അഹസലീയത്തി പണ്ട് താരത്തിനെ പറ്റി മൂന്ന് പോലീസ് വന്നിട്ടുണ്ട് അക്ഷത് ഔന്ന അസിനും അല്ലെ അത് ഒരു അഹസനൂടെ പറയാൻ പറ്റുന്ന കാര്യായി ഒരു ചിത്രം കൂടെ കൂട്ടണം നേരത്തെ അക്ഷരീയത്തിനെ പറ്റി ഒതുവ് പറഞ്ഞു ഔതഹ്യത്തിനെ പറ്റി പറഞ്ഞു അസഹനെ പറ്റിയും പറഞ്ഞു അഹസനീയത്തും കൂടെ കൂട്ടാം അല്ലത്തി അച്ഛനാലഹാനെപ്പറ്റി മുമ്പൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഏറ്റവും നല്ലത് ബഹ്വാനുള്ള എന്താ അവൻ ഏറ്റിമാറാത്ത അവൾക്കോലീ അതിലില്ല അഹ്വാൻ അല്ല അഹ്വാൻ എന്നത് ഇല്ലാൻ നോക്കുമ്പോൾ ഏറ്റിമാറാത്തുന്നുണ്ടാവും അത് ചിഖം അലാബില്ല തന്നെ ഈ അഹ്വാനുകൾ എന്തുള്ളത് ബുജോത് കൊണ്ടോ അതുകൊണ്ടോല ബന് പിന്നെന്താ ിൽ ആണ് ലാബിൽ ലാബിന്റെ അതിനി പച്ച കളി പറയാൻ മാത്രം അതും ഇല്ല പച്ച സുബൂട്ട് പറയാൻ മാത്രം ബുധമില്ല അല്ലെങ്കിൽ അല്ലേറ്റി ഭാരി ഹാരി സുബൂട്ടുണ്ടാവില്ല മുതലാ ഹാരിണ്ടാവൂ The so high, high, high? ു മനസ്സ് എട്ടുപാട് ചെയ്യുന്ന ഓരോ ഒമോറുകൾ മാത്രമാണ് സാധ്യത ഉണ്ടാവില്ല അതിന്റെ ഹക്കുകൾ അത് ഒഴിവാപ്പോൾക്കുമിൽ നിന്ന് എല്ലാം പറഞ്ഞതെന്നല്ലോ ഭാരികും പറഞ്ഞു ബസ്സായി പറഞ്ഞു ജാവിനും പറഞ്ഞു അതുപോലെ അല്ലാഹുവിന്റെ മാരിഫത്തു ബാഹി ബാണ എന്നതുമാണ് അതൊരുങ്ങിട്ടുണ്ട് അതും പറഞ്ഞു അലാ കുൻതു മുക്കല്ലൻ തോനേയ ശേഷം ആഹദ മുസന്നിബ തുടനുകയാണ് ബി ബയാരി തരീഖിൽ മൂസലി ഇലാ മാരിഫതിഹി تعالى അല്ലാഹു തആല അറിയയിലേക്ക് ചേർക്കുന്ന ഒരു തരീഖ് പറഞ്ഞുയാം എന്ന് તો തരീഖ്നാ തരീഖ് കുരിയലമ കൊണ്ടതു വൻയാ അന്ദാന തരീഖ് ഹുദൂസുൽ ആലം എന്നതാണ് ആ തരീഖ് ഫഖാല മൂസറു വരീഹയാനി ഉദ്ദേശം സാധാരണ മാർഗത്തിനല്ല തെളിയിക്കുന്നു പറയലേ മാർഗത്തിനേതാണ് മാർഗം എന്ന് പറഞ്ഞേക്കാളും ആന്മാള തെളിയിക്കുന്നുള്ളത് എന്തുകൊണ്ട് മുട്ട കേട്ട് എല്ലാ സാധനത്തിലും തെളിയിക്കുന്നു പറയാന സർക്കാർ തുടക്കുകയാണോന്ന് ഇങ്ങനെ മുട്ടം മുട്ടയൊക്കെ നിണ്ടല്ലോ സാധനമുണ്ട് ചട്ടിയും കൊടുക്ക വരെ സിൽവറിന്റെ ചെമ്പിൻ്റെ ചട്ടിയും കൊടുക്കഴിക്കാറില്ല മുട്ടയൊക്കെ സാധനല്ലേ അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പറദാണ് ഈ ഭൂമി ഈ ഭൂമിയിൽ കൂടി നടക്കുന്ന ആ മുട്ടി ചുമട്ടിങ്ങനേക്കുന്നത് കൊണ്ട് പരിസിന അപ്പൊ ക്രമേഹം എന്താക്കി ഈ കഴിയത്തിൽ ഒരു ലക്ഷത്തിൽ നിന്ന് മറ്റു ലക്ഷത്തിലേക്ക് എത്തിച്ചേരാനുള്ള മൂസിലാണ് ഈ മൂസിലാലപ്പം മാനപിയ ശരീരത്തിന് എന്ന് പറയും പെരീസിന് പേരായി അപ്പൊ മലകത്ര ആദ്യം മുത്തേക്കുന്ന സാധനം മുത്തേക്കുന്ന സാധനത്തിനെ തെരഞ്ഞെടുക്കുന്നത് അതിന്റെ അപ്രാധിപ്പെട്ട സാധനമാണ് ഈ ഭൂമി മാനവീയായ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് മനസ്സെങ്കിലും ഈ മാർഗത്തിന് എന്താ പറയുക തെരഞ്ഞെടുക്കുന്നു പെരുവരാൻ കാരണം ഇത് ഇവിടെ അതാണ് പറയുന്നത് അൽ മുറാദുബി ഇവിടെ തെരഞ്ഞെടുക്കുന്ന ഉദ്ദേശം അൽ ബുഹാദാണ് അവിടെ നമുക്ക് ശരീരത്തിൽ വരുന്നത് ഇസ്റ്റഹാരതാന്ന് പറയും ആ ഇസ്താഹാരത്തിന്റെ മുമ്പിൽ നിന്നുണ്ടാവും ആദ്യം തസ്ബീഹ് നടക്കും എന്താ ജാമ്യാമ്യം തസ്ബീഹാക്ക അന്ന കുണ്ടൻ ഹിസ്രിയാ ധരിയത്താവട്ടെ ഈ ബുഹാനാവട്ടെ മാനവീയ ധരിയ ബുഹാനി ഇത് രണ്ടുകളുണ്ട് യുവസൂദ് മക്സൂദിലേക്ക് ചേർക്കുക എന്ന ജാമ്യുണ്ട് അപ്പം അത് ആ തസ്ബീഹി ഏത് രീതിയിലാണ് പ്രയോഗിച്ചത് അല്ലാറു ആദ്യം ഒരു മുസബർ വേണം ഒരു മുസബ്ബർ ബിഹിൻ വേണം ഒരു വധി മുഷറും വേണം തസ്ബി ആക്ക തസ്ബി ശേഷം തസ്ബീഹിന്റെ അഡാ തങ്ങെടുത്തു കളഞ്ഞാൽ എന്താ ഈ തസ്ബീഹി ബലിയ കളി കർഫാനുണ്ടാവും തസ്ബീഹി തസ്ബീഹി ബലിയ കളിണ്ടാക്കി മുഷബിനെ പറ്റം കളിയ ആ പച്ചത്തിൽ അപ്പൊ അവശ പരിമിതി മാത്രം അങ്ങനെ പ്രയോഗിക്കുന്നു വധു എന്ന് പറഞ്ഞു ആദാ വധുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീന്റെ അതാത്തെടുത്തോ എന്താണ് കശ്മീർ വനിയാവുന്നുള്ളു ആ സങ്കല്പത്തിൽ ഉണ്ടാലും മതി ലസിലോ തസ്ബീരിലോ ഉണ്ടായെങ്കിൽ കശ്മീർ വലിയ കൂ സ്വം പൊക്കുമ്പോൾ ഒന്നും ആദാ പ്രായപ്പെട്ട മുസാന്റെ ഖബറാണ് കസ്ബീർ ഉണ്ട് കുന്നു ഗുലാക്ക് നേരെ കശ്മീർ പക്ഷെ മുഷബീൻ മുഷപ്പഹിനെ പച്ചക്കളഞ്ഞിട്ട് ഉണ്ടാക്കണം ആരൊക്കെ പേര് കൊടുക്കണം അല്ല ആ പോത്തു പോത്തുണ്ടെങ്കിൽ പേര് കൊടുത്താൽ എന്തായി ഇസ്റ്റാറത്തായി ഇസ്റ്റാറത്ത് ആരെന്നു തന്നെ മസ്റങ്ങി നടക്കുകയാണെങ്കിൽ തച്ചരി ആദ്യം അസിരിയാ അതിന്റെ മുസ്തക്കാട്ടി നടക്കുകയാണെങ്കിൽ എന്തായി ഇതും പിന്നെ ഇഷ്ടാഹറ തന്നെ മനസ്സിന്റെ ഇഷ്ടാഹത്ത് കേട്ടിട്ടാടെ വെച്ചിട്ട് ആര് തറി വെക്കും എന്നിട്ട് പറയുന്ന ആദ്യം എടുത്തിട്ട് മുസമ്പറി കൂട്ടിക്കൊടുക്കാം അതെന്താക്കും അപ്പൊ സുമ്മെന്ന് പറഞ്ഞാൽ ഞാൻ ഇതെ പറഞ്ഞു കൊണ്ടുള്ള ശർഇൽ വാജിബാണ് എന്ന് പറഞ്ഞത് അല്ലാഹു തആല അറിയേ അല്ലാഹു അറിയേ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് വാജിബും മുസ്തഹിലി ജായിസായ കാര്യങ്ങൾ അതർ അക്ലിയായ വാജിബേ അക്ലിയായ മുസ്തഹിൽ അക്ലിയായ ജായിസേ പറ്റില്ല അതല്ല അറിയേ ശർഇൽ വാജിബാണ് അതേതമേ പറഞ്ഞു കൊണ്ടുള്ള കൊട്ടാക ഇനി എന്തേ അറിയണം യലമാൻ എന്നൊది ബിനോദി തൗകീദുൽ ഖതീഫത യലമാൻ ശർഇൽ വാജിബ് പിന്നു മാന തീശ് ഈമെന്നുള്ളത് തത്തീഫിന്റെ മാന ഉൾക്കൊള്ളിക്കും അതുകൊണ്ടാണ് ബാബുണ്ട് കാര്യ തന്നെ ബി അന്നകിലേ അല്ലെങ്കിൽ ബാവ് കണ്ടാലാണ് അരിമാലയ്ക്ക് ശേഷമാണെങ്കിൽ ബാവ് കണ്ടാലോ തസ്തീഫിന്റെ മാന ഉൾക്കൊള്ളിച്ചത് കൊണ്ട് ബി അപ്പൊ സദ്യ അല്ലെങ്കിൽ താതിക്കുന്ന അവസരത്തിൽ ബാബുക്ക് എന്താവശ്യമില്ല പാലം അന്നമൂല ഇലം അന്നമൂലില്ല അതിന്റെ മുഴുവൻ അതിഥാക്കളും അതിലുള്ള പുറകളും എല്ലാം പ്രതിക്കോ അല്ലെങ്കിൽ അറിവും എല്ലാം പ്രതിക്കോ കംപ്ലീറ്റ് അത് അപ്പൊ ഇതിന് ആരമ എന്ന് പേര് വരാനുള്ള കാരണം എന്താ ഈ സാധനത്തിന് ആരം എന്ന് പേര് വരാനുള്ള കാരണം അരാമത്താർ ഇതിന് സാരി എന്ന് വരൂതണ്ട് എന്നത് തന്നെ അറിയിക്കുന്നൊരു അരാമത്താർ കൊണ്ടാണ് ആരം എന്ന് വരൂ ഹാദൽ ആലമ എന്നാണ് ഹാദാണാക്കിയത് ദ്ദുണ്ടല്ലോ പറയുന്നു വിസ്മ നിശാർത്ഥം വിശാലത്താക്കാൻ സുബൂത്തുള്ള ഭാരത്തോട് വിശാർത്താക്കാൻ പാടുള്ളൂ സങ്കല്പത്തിലുള്ളതിനോട് ഹാദാന്ന് പറയാൻ പാടില്ല എന്നാണ് അന്ന് ചോദിക്കും കിതാബിന്ന് ഉറക്കത്തിന്റെ ഹാദാന്ന് പറയുന്നില്ല അത് അതും തന്നെ പറഞ്ഞല്ലോ ഹാത ഉള്ളതിനോട് സങ്കല്പത്തിലുള്ളതിനെ പിടിച്ചുണ്ടാക്കി തക്കി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഹാത വിശാറത്താക്കുമ്പോൾ ായിക്കാർ എന്ന് പറയാ മനസ്സിലാന്ന് പറയാം അതാണ് അള്ളയില്ല എന്ന് പറയാൻ വേണ്ടിട്ട് ആദ്യം ഓരോ മുഖത്തിൽ കിട്ടിയിരുന്നോ ഈ ഭൂമിയില്ലേ ആകാശം ഇല്ല ഇല്ല മുൻപ് ാണ് എന്നും അറിയിച്ചു അങ്ങനെ തന്നെയാണ് എല്ലാ വിധത്തിന്റെ അതെഴിയാറില്ല സുഹസ്തായിക്കാർ ഒഴികെ ആ വിഷയത്തിൽ അവരെ വധും ചീർപ്പ് അതിന് വർച്ചിണ്ട് ഒന്ന് ഇനാദികൾ ഇനാദിത്തുണ്ടായി സുഖൂത്തുള്ള ഒരൊറ്റ സുഹൂത്വം ഇല്ലാന്ന് പറയാം പിന്നെ കാണുന്ന ഭയന്നമായി ആൾക്കാമുമ്പോ കയാലാട്ട് മാത്രമാണ് കണ്ണിന്ന ഉറക്കത്തിൽ തന്നണവനെ രണ്ടാമത്തെ തവണ ഇന്ത്യ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എനാദിയത്തിന്റെ പുറമേ ഇന്ത്യ ഓർമ്മ പറയും അശക്സ് എന്റെ ഏറ്റുക്കാതിരിക്കും ഒരു സക്സ് അവൻ ഏറ്റിക്കാനനുസരിച്ചാണ് വെട്ടൻ ഏറ്റുക്കാരിലുണ്ടാവും അത് വേറാട്ടുണ്ടാക്കുന്നില്ല കാലം ഉണ്ട് നിങ്ങളെ ഏറ്റക്കാതിലുണ്ട് വേറെ ഏറ്റുകാരുണ്ടാവില്ല മറ്റുള്ളവരെ എത്തിക്കാതിരില്ല എനാദിയക്കാർക്ക് ഏറ്റുക്കാതില്ല അന്നെ ജന്മത്ത നാറുകളുടെ ജന്നത്താണിച്ച് കഥ ചെയ്താ അവരുടെ അടുത്തതാണോ അവരെ വളരെ വിശ്വാസം പരിഹരിച്ചിട്ടാണ് കാലം പിന്നെ ലാവിനിയെത്തും ഒരു മൂന്നാം പാർട്ടിയുണ്ട് ലാവി എന്താ പറഞ്ഞത് ലാവിനി ലാവിനി ലാവിനി ി ഓണ്ടിണ്ടത് അത്താണെ പീനസ് നീ ഉണ്ടാ ഇല്ലാതി നീ ഉണ്ടോ നിനക്കില്ലാതെ അത് ലാവിശക്തി ും ഇവർക്ക് മറന്നു കൊടുക്കല്ലേ അത് മറിച്ചു ഓർമ്മി മുഖം പറാത്തി അത് വെളിയിൽ കിട്ടാതെ നോക്കി പിടിച്ചോളൂ ഇനി ചെടി കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് തോർത്തോട്ടാറത്താപിത്തി എന്നാലും നൂ കല്ലത്തി എന്ന് തുടങ്ങി ചിബ്രംബരം പറഞ്ഞ കാര്യത്തിൽ കുറെ കാര്യം നമ്മൾ പിന്ന അത് ശേഷം അമ്മോ ജവാബു ഇത് സുഹാലിന്റെ ജവാബാണ് പറയുന്നു അതുകൊണ്ട് ഏലമൻ എന്ന് പറയുന്ന ശേഷം മുസാദിയാക്കാൻ വേണ്ടി ബാഗടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് എന്നിന്റെ മാർഗ അലിമാനോ വാലം നോ എന്തായിക്കോട്ടെ മാർഗം കുറിച്ച് നിർമ്മിക്കോ ആ മാം എന്ന് മാത്രമല്ല അനിമ അല്ലെങ്കിൽ ഏലം എന്തോ സംസ്ഥാനം അതെല്ലാം മക്കളിലേക്ക് ഏറെ കുത്തി കിടക്കുമല്ലോ ജെലിക്ക് കണ്ടാലോ നിസ്ത അതിനറിയില്ല പറഞ്ഞു അത് ശബ്ദക്കാനമാനം ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് സുമിയ ആലമിയെ പേടുകൊടുക്കപ്പെട്ട പേറ്റിപാടി മധുരൂരി അതിന്റെ മധുരൂടിപാട് കൊണ്ട് അതിനെ പറയുന്നു ആലമിന്റെ ആലമീട് പേടികൊടുക്കുന്നു സുമിയ സുമിയ ഭയങ്കര ആഡം എന്ന് പറഞ്ഞതിന്റെൊരു മതിരോടുണ്ട് ഈ ലഭിന്റെ മതിരോട് ഒരു മുതമ്മ എന്താ സാധനം ഈ കാലത്ത് ആരാള് ഈ സാധനത്തിന് ആഡം എന്നെ പേര് കിട്ടാനുള്ള കാരണം എന്താണ് ഇത് താനിൻ തമ്മിൽ അരാമത്തായി നിൽക്കുന്നത് എന്ന കാരണത്താൽ ആരം എന്നെ വേറെ ആരം എന്താ അല്ലാറത്തെ എന്നാണ് പണ്ടേ കാണുന്നു പോയത് ആഗ്രാവണം മോജൂദ് വാഗണം അങ്ങനെയുള്ള സാധനത്തിലേക്ക് ആദാർ പ്രവിക്കാൻ പാടുള്ളൂ ആ പ്രയോഗത്തിൽ നിന്ന് സൂപ്പസായി ചർച്ച വെച്ച് പറയലായി അന്ന ആ കാണിക്കുന്ന ആയി എന്നുള്ള ജന്മ അട്ടയിൽ കത്താണ് വലിയ അട്ടയിൽ കത്തു എന്നുള്ളതും മാനി എത്തു എന്നുള്ളതും മാത്തെന്നുള്ളതും ഭൂ കെത്തു എന്നുള്ളതെല്ലാം വിമാനുവാഹി വെച്ച അപ്പത്തിനാണ് മാണോ മാ ും എന്ന് പറഞ്ഞാൽ മുട്ടഹത്തിൽ കാരണം എന്നെ സ്ഥാപിച്ചവൻ മുത്തഹത്തിവൻ മോജൂദ് അഭിമാനം വായു സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മുത്തഹത്തിന്ന് പറഞ്ഞാൽ മോജൂദ് പറഞ്ഞാലും വാരി വ്യക്തമായാക്കാണ് എന്റെ അല്ലെങ്കിൽ എത്ര വരും എന്തുകൊണ്ട് നമ്മുടെ അഹവാളിയില്ലേ അഹവാൾ പറഞ്ഞു അത് മോജൂദല്ലാപ്പുറം സ്ഥാപിച്ചു മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മോചൂദിനെ നെറ്റി ചെയ്യുകയും സുബോധനം ചെയ്തിട്ടുണ്ട് മാനം വായാണെങ്കിൽ ഒറ്റൻ ചിറ്റുപാട്ടും മറ്റും ചിറ്റുപാട്ടും ഇല്ലാത്ത നോക്കൂ രണ്ട് മുസാക്കാണെങ്കിൽ ഒന്നിന്റെ ഭാഗത്ത് മറ്റേ ദിവസത്തെ അധികം പോകുന്നത് മോദിയോടല്ല താപിതാണെന്നാണ് പറഞ്ഞു അവിടെ മോജുദിന കാണിയോ രാത്രികൾക്കാണ് ധാജയായിരിക്കും ആണോ കാണുന്ന കാണാൻ പോലെ കണ്ടെങ്കിൽ അതുപോലെ മോജു അല്ല ഏ സാധനം അയവാദം അതോടൊപ്പം ഇല്ലാന്ന് പറയാൻ മാത്രം അതൊന്നുമല്ല അതിലാണ് പാപിച്ചത് എന്ന് പറഞ്ഞത് ആ മഴ പറഞ്ഞു ഇതിന്റെ മുഖത്തിലെ പറഞ്ഞു വാട്ടി കത്ത് മാതിന്റെ അട്ടിട്ടെന്ന് പറഞ്ഞാൽ ആ ശൈലി എന്ത് വസ്തു കൊണ്ടാണോ അത് ഉണ്ടായിച്ചു അതാ ഹുഹുവത്തിന്റെ പിഴാ ഇത് ഇതാണ് ഇൻസാൻ ചേർത്തട്ടാൽ ഇൻസാൻ ആണോക്ക് അല്ലെന്താ ഹൈവാൻസും കൂടെ കൂടിയത് അതാകല്ലോ എന്നുള്ള ഹുവാൻ ഹല്ല ഹുഹ ഹൽ അബ്ബലു ആദ്യത്തെ ഹുണ്ട് ഹുഹുവേരി അതാണ് ആദ്യത്തെ പറ്റില്ല അപ്പൊ ഹൽ നവരു ഹുവാഹുവാനോ അല്ലെങ്കിൽ രണ്ട് ഹുവാറങ്ങി അത് രണ്ടാമത്തെ ഹുവാ ആയുധം അത് മറങ്ങുന്നതാണ് അല്ലെങ്കിൽ മുട്ടാ തിലക്കിൽ അത് ഹാൻ അത് ഹാൻ മുട്ടാക്കിലാവതിലേക്ക് ഹുവാ എന്നെ മനസ്സിലുണ്ട് വസ്താണി രണ്ടാമത്തെ ഹു ആയുധം അല്ലെങ്കിൽ മുട്ടാതിലക്കിൽ കാറിന് മെസ്സിൻ്റെ കാറിന് മെസ്സിൽ നമ്പരിൽ ഇവിടെ ഉള്ളതാണ് അതാണ് ഹുഹുവാമോ ഇതേണ്ട ബഹുബ അത് അതായത് പ്രത്യേക താഴ്പ്പത്തിനുള്ള ജമാരാകുന്നു തമക്കുക നോക്കി എൽമിറ്റി ആളത്തിനോട് പറഞ്ഞാന്റെ മന്നാണോ ി അയ്യം അയവാളിൽ ഓരോ താക്കത്തിൽ ബച്ചാണല്ലോ ഇതേ ടാക്ടറിയത് സോഫും ഇസ്ലായി സുഫസ്തായി സോഫും അഭിമാനം ചെല്ലുന്നു അറിവെന്നാണ് ഇസ്ലായും എന്ന അഭിമാനം മുസഹറത്തിൽ മുസയ്യൻ ഇങ്ങനെ ആരാ കണ്ടെങ്കിൽ പറഞ്ഞ പകിട്ടാറുന്ന സാധനം ഉണ്ടല്ലോ മുസഫ്റഫ് فعل اللغويس ابا عدانا اي ساي اما فمعاني الذني عندما اصحاب الذين الختمه المزخرفه المزينه في نوعين قال بعضهم شددوا يقول الحق انهم قرجو ان كوره الكلاي وركلاي دوتو എന്ന് വിടാൻ പറ്റില്ലാണ് ഇതിന്റെ വെറു കൗന കോലെ എന്നാണ് വികലൈ എന്നൊക്കെ വർത്തുന്നുണ്ട് ഇതിന്റെ വാക്ക് അതുകൊണ്ട് അതെന്താട്ടാണ് കാരണവർ മല്ലിക്ക് മല്ലിക്ക് അതിനെ കതിര കതിര പ്രകാരമാണ് ശേഷണ മതബലം એ ഒകലൈ അല്ല ابيബരി ില്ലാ എനാ എങ്കിലും അവർക്ക് പേര് വരാൻ കാരണം ഭയങ്കര മക്രകൃഷിക്കാറായതുകൊണ്ട് വേണ്ടിയും അത് വിളി യോണിനാൻ എന്ത് ചെയ്യാറുണ്ടാ പറയാൻ എൻഡീത്തൻ എൻഡിയക്കാർ എന്ന് അവർക്ക് പേര് വരാനുള്ള കാരണം പറഞ്ഞത് വസായക്കാർ സീമ ബാധക ശേഷമുള്ള നാഗരിക്കാർക്ക് അപ്രകാരം പറഞ്ഞു നാഗരി പറയും മടുക്കോട്ടിൽ മൊത്തം എത്തിച്ചിരി പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറയും പറഞ്ഞു ആക്കു വന്ന പോലെ ആൾ തലയിൽ മുനാവലത്തിൽ മറക്കും അവരെ മുനാവര ചെയ്യുന്നതിന് യാതൊരു മറക്കൂല്ല സദ്യമില്ല മനാമി കത്തിക്കണമെങ്കിൽ ആരും മറുപടി കാലം ഉണ്ടെങ്കിൽ ആദ്യം കത്തിവെച്ചിട്ട് നമുക്ക് സംബന്ധിച്ചിട്ടുണ്ട് ഇതാണ് അതെ ഇന്നും പറഞ്ഞു അവിടെ ഇല്ല എല്ലാം നമ്മൾ ഉണ്ടാക്കും കരസമ്പതമായ മുഖത്തിനകത്ത് ആദ്യം കത്തിച്ചിട്ടുണ്ട് നമുക്ക് മറുപടി പറയാനായിട്ട് തീക്കത്തുണ്ടായിട്ട് അവർ പറയുമോ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞില്ല അവർ നീക്കത്തിൽ നല്ലത് ചെറിയ ചേർന്ന് ശാമാവട്ടെല്ലാം പത്തും കാണാത്തത് അത് കണ്ണിന്റെ വേറെ ഹിജാബുള്ളത് കൊണ്ട് സിഹത്ത് കുറവല്ല മുദൂതി ആ സിഫത്തിന്റെ ലാഭ്യത്തെ എന്താ പറഞ്ഞത് ആ ദാ ഈ ആരാതുടയാ ഈ സിഫത്ത് കൊണ്ട് മുത്തസിഫായ ദാത്തണ്ടോ ചില ഉമ്മർ ഉണ്ട് അത് ദാത്തും സിഫാത്തും കാണാവുന്നൊരു കണ്ണല്ലാത്ത നമുക്ക് തരികയാണെങ്കിൽ രണ്ടും വേർട്ട് തന്നെ കാണാൻ കഴിയും അത് ഇതാ ഇനിതാ അതാണ് ഇതിന്റെ വുജൂരി ആസിഫ തന്നെ വാപിച്ച് കാണൽ ശനിയായപ്പെട്ടാണ് മുന്നാദുഹ ആറാവിൽപ്പെട്ട ചിലത് യുറ ബിൽഫീരി ഇപ്പം തന്നെ ആൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അൽവാനു പോലെ അരിസാമം കാണില്ലേഹ ലം യുറബിൽ ചിലത് ഇപ്പം ബിൽഫീലി കാണാത്തത് എന്തുകൊണ്ടാണ് ഈ എന്തോ ഒരു മാനി അമ്മ ഹിജാബ് ഇവിടെ കാണികളെ വാസ് ഉണ്ടായിച്ചാഹു താരാഹു താര വടച്ചുതാന്നിത് ഈ മാനിയിലേയും ഹിജാബിനെയും അതാ എന്തിനത്തോട്ട് മാനി ഹിജാബുമാണെങ്കിൽ ബിൽ ഫെയിലായിട്ട് ബിൽഫീശാൻ ആൾറെഡി ഇപ്പം തന്നെ ഉറക്കം വഹിച്ചു കാണുന്ന തൊട്ട് തടയുന്ന ഹിജാബും മാനിയും ഉള്ളതിന് വേണ്ടി അപ്പം എന്തോ ഈ എത്തിഹ കൊടുക്കണോ ഹിജാബും മാനിയിലേക്ക് എന്താണ് ആ ഹിജാബ് അതിന്റെ ഹക്കീക്കത്ത് എന്താണ് എന്തുകൊണ്ടാണ് എന്ത് കയറോപ്പില ഹിജാബ് അത് നമുക്ക് പറയുകയൂലിക്കാം അതുപോലെയൊക്കെ നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്ന മാനിയായ ബാദു സിഫാത്ത് പോലെ നമ്മടെ സിഫാത്തന്മാനുണ്ടല്ലോ നമ്മളെ കുതിരത്ത് അല്ല നേട്ടവാദില്ലേ കുതിരത്ത് യഥാഗത് ഇമ് ഇതെല്ലാം ഹാദിസത്തിലെ ചർച്ച അയാറാദിൻ എന്നാ അള്ളാഹുവിന്റെ ഇത് ഒഴിവാക്കി അതിന് അത് അകടുകൂടെ ഉന്നയിച്ചു അള്ളാഹിന്റെ കാര്യത്തിന് സിഫാത്ത് എന്ന് പറഞ്ഞാൽ മതി ആരാദെന്ന് പറയണ്ട ഇല്ലായ്മക്ക് ശേഷം ആരുതാക എന്നൊരു ഊഹ ഈഹം അവിടുണ്ട് അപ്പൊ അത് അന്നാമത്താലൊക്കെ പറഞ്ഞാൽ ഹുജൂസ് മല അറിയിച്ചപ്പോ അതുകൊണ്ട് അന്നാന്റെ രാത്രി തുടങ്ങി സിഫാത്തുകൾക്ക് ആയറാന്ന് പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഹാദിത്തെത്ത് ഇവിടെ കൊടുത്തല്ല ആൽ കായ്മണിയും കൊടുത്ത് നമ്മളിൽ നിലനിൽക്കുന്ന സിഫാത്തുൽ മഹാനി പോലെ അതിപ്പൊ കാണാൻ കഴിഞ്ഞില്ല പൊതുരത്ത് കാണാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഹിജാബുണ്ടെ റവാഹ് വാസനകൾ കാണുന്നില്ലല്ലോ അസുവാത്തുകൾ കാണുന്നില്ല അതല്ലാത്ത മാലിയങ്ങൾ നീക്കുകയാണെങ്കിൽ കാണണ്ടിയും മനഹവിധാനിക്കാം ഇപ്പൊന്ന് ശരിക്കും പഠിച്ച ശരി വേറെ കിട്ടാതെ കീഴില്ല ആ അക്കീത എവിടെ ഒന്നില്ല പിന്ന വരന്നു മാടെന്ന് നമ്മളെ ചടങ്ങ് അവിടെ വൈകുന്നേരം അവിടെ നിന്നാണ് വൈകേണ്ടി ഹൈ മാ മത്സരി നോക്ക് ും അൽിമുമായ അംബാഹ് ഒഴികെയുള്ള മുഴുവൻ വസ്തുക്കൾ സംബന്ധിച്ചാണ് എന്തു പറയുന്നത് ആലമെന്ന് പറയുന്നത് അള്ളാഹു താലാ അതിൽപ്പെടുക അപ്പൊ അൽ ആലിമും അലിയുൽ ആലിമെന്നൊക്കെ ഉള്ള അള്ളാത്താലാക്ക് ഉള്ള നേത്താണ് ഒന്ന് അലിയും ഒന്ന് അൽമ അലൽ കത്തി ശരിക്കും എങ്ങനെ വരണ്ടേ അൽ അലിയൽ ആയിക്കേണ്ടി ആലിമാനാക്കിയിട്ടുണ്ട് മൻസൂബൻ അലൽ മതഹി അവത് മതഹിന്റെ മേലിൽ മൻസൂബാണെന്നാണ് എന്ന് വെച്ചാൽ അലിയായ അന്താ വഴികെ അവന് ഞാൻ അൽ ആലിമാണെന്ന് ഞാൻ വസ്തു അറിയുന്നു അരിഫു അതിന്റെ അരിഫുണ്ടല്ല അരി മാഫ് ആണ് അതിന് അത് വേസിന് കൊണ്ടിച്ച് ഐ മാ എന്തിനാൽ മാ ശിവ സാധനം എന്തിനാൽ മിനൽ ജവാഹിർ എന്നാലും ുള്ളൊരു മാകാമിനി അതിന്റെ മിനി കൊണ്ട് തന്നെ ഉത്തരുന്ന സാധനത്തിനാണ് ജവഹറു പേര് എന്ന് വെച്ചാൽ അള്ളാന്റെ ഉദ്യൂത് വേണ്ടാന്ന വരാത്തല്ല അള്ളാഹുന്റെ ഹിറ്റി ആചൊരു സാധനം ഉണ്ടാവുകയേ ചെയ്തു അതായത് മറ്റൊന്നിന്റെ മുജുവോട് താപി അയക്കൊണ്ട് ഇതിന് ഉചിതുണ്ടാവുക ഈ അത്തറിലൊരു മണം എന്നുള്ളത് മണം സ്വന്തമായിട്ട് മുജൂതുണ്ടാവില്ല ഈ അത്തറാകുന്ന ഈ മണം മുളയും അത്ര ഈ അത്തരണ്ടാത്ത മുന്നോട് താതി ആയിക്കൊണ്ടാണ് മറ്റേ ഉച്ച ആരേക്ക് പക്ഷെ രണ്ടിന്റെയും മൂലിതാതെ തന്നെ ഉള്ളതെന്ന് പക്ഷെ അതിന് പുറമെ ഇതിലേക്ക് അത്യാചാരത്താലാക്കിയിട്ടുണ്ട് ഇതിന് ഉരുത് ഉണ്ടെങ്കില് അറുവിൻ്റെ ഉചൂതുള്ളൂന്ന് വൻ അറബോ എന്നുള്ളത് മാക്കാമബി ഹൈരിഹി കട ഒരു ഹൈറമ്മ നിന്നുകൊണ്ടാണ് അതിന് നിലനിൽപ്പുള്ളത് നമുക്ക് അതെന്തിനാൽ ആ കയ്യെന്തിനാൽ മിനൽ ജവാഹിരി ജവാഹിർ എന്നാൽ ആ റയ്യാണ് വേറെ ജവാഹിർ വേണം അപ്പൊ കയ്യറാകുന്ന അറബുണ്ടായാലും പോലാണ് അരണിയിൽ അറി നിൽക്കില്ല ജവഹറായ വേറൊരു ഖൈറിന്റെ മേലിൽ നിൽക്കണം അതേതുപോലെ ആ മാക്കാമത്തെ ഈ മിസൈലാണ് കല്ലൽവാൻ മാക്കാമത് ഐരേക്ക് മിസൈലാണ് പോലെ ജവാഹിറിനല്ല കടന്നുപോലെ അറബിനി അതാ വൻ അറു മാറ നോക്ക് സുമ്മിയ അറവൻ അതിന് അറന്ന് എന്ന് പേര് വരാൻ കാരണം ഈ അന്നഹുനു ലിമാക്കാവി അതേതൊരു ജൌഹറിലാണോ നിന്നിട്ടുള്ളത് അതില്ലേക്ക് ആരുളായി എന്ന സാധനമാണ് അതിന്റെ ഉരുമതിനോട് സ്ഥാപനിച്ചു വരുന്നല്ലേ അരിലായിട്ട് വരുന്നതുകൊണ്ട് هذه الأرض لأنه ويطرقوا عليه هذه النميلة الضائم لازم دماناً ما... بيماناً بيماناً بيماناً سمي لما تسمي عرضاً لأنه يعرض لما قام به مم. لي ونن عرضاهم تاريت للأمبار ويطرق عليه أذنه ത് ആറാകും എന്ന് പറയാൻ പാടില്ല അത് പുതുതായി ഉണ്ടായത് എന്നുള്ള സൂചന വരും അള്ളാഹുന്റെ നസിഫാത്ത് കതിയുമാണ് അതുകൊണ്ടാണ് നമുക്ക് അപ്പുറം അതുപോലെ കൈതുകൊടുത്തിട്ട് അള്ളാഹുന്റെ നസിഫാത്തിനെ ഫാരിചാക്കിയത് അതെ അന്നാലിപ്പാത്തി അജലീയത്താണ് പ്രതായി ഉണ്ടാവുക എന്നത് അതിനു സഹീദാണ് അതിപ്പോഹോ മിനൽ ജവാഹിർ എന്നുള്ള അരുമോ അദ്ദേഹത്തെ പറഞ്ഞു അതെന്തിനുള്ള വയാനാണ് വയാനുള്ള പറഞ്ഞതിന്റെ വയാനാണ് മിനൽ ജവാഹിർ കൽ അൽവാനി എന്നുള്ളത് മാക്കാന്റെ ബിഹാരി നടത്തുന്നു ജവഹർ എന്ന് പറയാറില്ലല്ലോ പക്ഷെ മാക്കാവി മാക്കാവബി നഫ്സിഹി എന്നുള്ള മാനാക്ക് ജവഹർന്ന് പഠനം സൂട്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ലോഡ് പ്രയോഗിക്കൽ ശരിയാവില്ല അങ്ങനെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ അതെ ഇപ്പൊ ഹിന്ദിന്റെ പഠിച്ചു വന്ന പറയാൻ പാടില്ല അത് ഒരു ഹഫീസത്തായ സാധനമായതുകൊണ്ട് കളക്ക ഹാലിക്കു സമാവാത്തി എന്ന് പറയുമ്പോലെ സമാവാത്തിന്റെ കാലിക്കൂ അല്ല തന്നെ അല്ല തന്നെ വിളിക്കുമ്പോഴും ആ മാക്കാൻ വ്യവസ്ഥയിൽ നിന്ന് കലക്കുണ്ടാക്ക ജവഹർ എന്ന് പറയാം അതോടൊപ്പം തന്നെ സിഫാസി ജോഹർ എന്ന് പറഞ്ഞുകൂടാം കാരണം ആത്തി നിക്കുന്ന സാധനയില്ല അപ്പൊ ഇതാരീക്ക് സാധിക്കില്ലല്ലോ എന്റെ ചാനല എത്ര പേരെ കിഫ്റ്റിക്കാറുള്ളത് എന്ന് പറഞ്ഞ പട്ടികയിൽ പൊടുത്തിയപ്പോ സേതീ തസ്ത്രദാനിക്കെതിരെ ബാലരീമാ കർശനമായ ഭയങ്കരമായ എത്ര തോന്നു അറിവ് വട്ടവാക്കായി പോയിന്നും പറഞ്ഞിട്ട് നമുക്ക് അസാ സേതന് അഥവാ പറഞ്ഞിട്ടല്ലേ സേതു സേതന് കുറച്ച് അളവുകൾ കട്ടിക്കളഞ്ഞോട്ട് ഇല്ല അതായത് വസ്തുക്കള് അതിന്റെ മുജൂറ്റിലും ഇയാമിലും എന്തുവാണോ വളരെ കിഫ്റ്റിക്കാറുള്ളത് ഭുജൂദക്ക് മാത്രം മറ്റിയാമിന് വേണ്ട രണ്ടിലേക്കും ഇഷ്ടിക്കാർ ഇല്ലാത്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മളെ ജവാഹി നമ്മളെ ആറാത് നോക്കി ആദ്യതായ ആറാത് ഭുജോതിന് നിലനിൽക്കാൻ കയ്യിലേക്ക് ഇഷ്ടിക്കാറുണ്ട് നമ്മളെ ദാത്തിന് ഭുജോതിന് ഇഷ്ടിക്കാരുണ്ട് സിയാമിന് ഇഷ്ടിക്കാറ് വേണ്ട അന്നാമത്തെ ആരാൽ ദാത്തിന് രണ്ടും വേണ്ട എന്തോ ണ്ട് എന്ന കൂട്ടത്തിൽ എന്തെ സിഫാത്ത് എണ്ണി കളഞ്ഞു അതാണ് സിഫാക്ക് ഹിനാലാച്ചി അതിനെ പട്ടിയായിരിക്കുമ്പം ഹിനാലാക്കിയാണ് ബാജരി മാമാടെ കർശനമായിട്ടില്ല പറഞ്ഞു ആ അപ്രയോഗിച്ചില്ല എസ്റ്റിക്കാറ് പക് മാത്ര ശരിയാവൂല അതിനെക്കാളും നല്ല കക്ഷ്യമെന്താണ് കൈകൾ നിൽക്കുന്നത് മാ കാമ കൈ റബിയ കൈ കൈ എന്ന് പറഞ്ഞോളൂ അപ്പം ബാറാളതിനൊക്കെ പിന്നെ കൂടി അത് പറഞ്ഞാലും മാനീ കണക്ക് തന്നെയാണ് ആയിക്കോട്ടെ മാനീ കണക്കായാലും കാമയൊക്കെ കയ്യാമ് കയ്യോമെന്നുള്ളത് അള്ളാഹുത്താലാക്ക് വെസ്ഫ അറിയാൻ സാധിക്കാറുണ്ട് അതേപോലെ ഫാവും കാഫുർ റാവുണ്ടെ ഇഷ്ടക്കട ഫാ അള്ളാഹുത്താലാക്ക് പറയുന്നേ പറ്റുന്നില്ല അപ്പോ ഒരു മിമ്പതിയിൽ കൂടി എങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാമാന്നുള്ളത് അപ്പൊ ലഫുദിയിൽ കുറെ ഒരു അടുവണ്ട് അതായത് സനുവാസിന്റെ ചിറങ്ങൾ എല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് ജവർത്തിനുണ്ടായല്ല സനോസിന്റെ മത്തലി സനുസക്ക് ബാജുരി മാമിന് ചിറങ്ങണ്ട് അതിന്റെ ഒസൂല് പറയില്ല അക്കീതന്റെ ഈ മത്തിന് എങ്ങനെയുണ്ടാക്കിയ അടുപ്പപ്പെട്ട കിതാബാണ് ആശത്തൽ ബാജുരി അല്ല മത്തലി സനുസിയാണ് അതായത് സനോസിയെ കിത്താബ് ജമ്മു ജമ്മിനെ അത്രയും മത്തിനാണ് ഈ മത്തിനിൽ പറഞ്ഞ കാര്യം മൂപ്പർ ഏതെല്ലാം കാര്യങ്ങൾ അരിച്ചുപയർത്തിക്കൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞിട്ടിട്ടുള്ളത് ഗുജറാത്തിലും മൂപ്പറിന്റെ ഉസൂനെല്ലാം കണ്ടെത്തിയിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് മത്തിനെ ആയിരത്തി പത്ത ബഹുവൽ വജൂതുണ്ണി എന്തുകൊണ്ട് അത് ബഹുവൽ വുജൂത് പത്ത് എണ്ണാൻ കാരണം ആശീസാക്കി പറയണം ഈ ആ ചുമണ്ടല്ലോ ബഹുവ ആസ്യപത്താ അത്ഭുതകളാന്ന് പറയാൻ കാരണം കുറച്ച് നല്ല കടുപ്പുള്ള കിട്ടാന്ന് മൂന്നത്തെ നാലോട്ട് അങ്ങനെ മൂട്ടാരണം അതിന് അതൊരു ഹാശിയുണ്ട് അംബാബിന്റെ ആശയമെന്ന് ചിത്രം സാധേയുള്ളൂ ൻ എന്നുള്ളത് ഹബറൻ എന്തിന്റെ സുമലമി അന്ന ഹാദൽ ആലമ അന്ന ഹാദൽ ആലമയാണ് ഇത് ഹാദൽ ആലമ അന്നിസ്മുഖേ ഖബറാണ് ഹാദിസുൻ അപ്പൊ അന്ന ഹാദൽ ആലമ ഹാദിസു ഹാദിസു നിങ്ങൾ വിശക്ക് ഹാദിസാണ് എന്ന വിഷയത്തിൽ സംശയമേ ഇല്ല അപ്പൊ അത് മുത്തലിക്കുൻ മിൻഖൈരി എന്നുള്ളത് ഹാദിഫിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഹാദിഫാണ് മിൻഖൈരി അദമിന് ശേഷം ഉണ്ടായത് ആ ഒരു അദമു സാധിക്കായിട്ടുണ്ട് അർത്ഥം വളറു അന്ന അന്ന ഹാദൽആഞ്ഞ അന്നുണ്ടല്ലോ അതിന്റെ ഖബറാണ് ഹാദിഫിൻ ഐ അന്ന ഹുസഹ് വൈറു അസ്പൂക്കിൻ തിരമ്മിന്റെ ഹുദൂത്ത് സംശയിക്കപ്പെടാത്തതാകുന്നു അതെന്ന് ചോദിക്കും അത് ഒരു പാടാത്ത സംശയമില്ലേ പരാസിപ്പത്ത് സംശയം മാത്രമല്ല ഓർ ഉറപ്പിച്ചു പറഞ്ഞ വീണമാണ് അതോ അത് നിമന്ത അമ്മല സംശയില്ല എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന കൂട്ടർക്ക് സംശയില്ല എന്നാ പറഞ്ഞത് അവർക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടില്ല അവർ ആലോചിച്ച അലത്ത് മതിക്കും അതൊന്നും അപ്പം കഥീമാണെന്ന് ആർക്കെങ്കിലും സംശയമോ വല്ല വാദമോ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധി വർക്ക് ചെയ്തിട്ടില്ല എന്നാ ഞമ്മ ആ ആ റബ്ദാണ് ഇവിടെ നിമന്ത അമ്മലെന്നു പറഞ്ഞ വാക്കോട് കൂടിച്ച് ആ എല്ലെങ്കിലോ الفدوث الفدوث باعد باعد باعد أن المراد يغير مشكوك إن وذين مراداً دلو أنه يجب لكل حدوث وذين حدوث وعادي باعد وذين قاعدين ما قلنون أما قلت لي هاي واجبان حدوث يذو ولي كما يجب للمهدثه القدم الذي هداة شعيدة لله قلت لي أما قلت لي قدم واجباناً دلو ولي قدم أكرياء واجب للي الديني എന്നതുപോലെ ആലമിൻ്റെ ഹുദൂസ് എന്നുള്ളതാണ് അക്കനിയായ വാജിബത്തിൽ എന്ത് ചെയ്യാന്ന് അപ്പൊ ഇവർക്കാരെങ്കിലും ആ അക്കനിയായ വാജിബായ ഹുദൂസിനെ സുബൂത്താക്ക ഞാൻ എന്തുകൊണ്ട് അക്കനിയായ വോക്ക് അക്കലയില്ല മുമ്പ് കൊണ്ടുണ്ട് അക്കലിന്റെ കാര്യത്തിൽ എന്താ അതിന് വാജിബിന്റെ ഹുജൂബ് മുസ്തഹീദന്റെ ജായിസിന്റെ ജവാദിനെ അറിയുന്ന ഒരാളാണെന്നാണ് അഖലിന്റെ മുമ്പ് തരിക്ക് ഇവ ആക്കിയിൽപ്പെടുന്നില്ല ആക്കില് പെടുത്തിയാൽ തന്നെ താമൂരില്ലാണ്ട് പോയി രണ്ടാമത്തെ മറുപടി കൊണ്ട് ഊപ്പർ ഉണ്ടാക്കി തന്നെ ഇല്ലാതെ വെച്ചു അവ പല സിബത്തിന്റെ നിലവണ്ണം കിട്ടി ഒരു മാതിരി ആ വാക്കുക അത് വർക്ക് ചെയ്യാത്ത ആക്ലി അല്ലെങ്കിൽ അവർക്ക് ആക്ലേ ഇല്ല അതുപോലെ വാച സാധനത്തിന്റെ മുജൂബിന് ആ ആ ഉജൂബായ സിബത്തന്നെ അവർക്ക് വിടുത്തം അപ്പൊ പലായരിലു നമ്മളിപ്പോ ഈ പറഞ്ഞ രണ്ട് ദൈവീല അവിടുത്തെ ലിമം താമല അപ്പൊ അതിനോട് വാരിതാകൂല്ല അന്ന ഹൂസു ആലമ ഹാദിസ് ആണ് എന്നുള്ളത് ലാ ഫൽസഫിയോ ഫൽസഫി അത് സമ്മതിക്കുന്നില്ലല്ലോ എന്നുള്ള എത്ര ആളെ പറയണ്ടാം ചക്ക് നമ്മൾ മുഖവിലെടുത്തിട്ടില്ല يدلل أه حقوق السكتر لا أبقى أورامة يقول لإيمان تأملا سرعانه يقول لإيمان تأملا فيه تعريب بمن يقوله إنها يقوله سناناها يقوله أليه إنها إن العالم قديم عالم قديمان ينبريل الفاتر أبرك الله ركتب حقان يليل لمن تأملا ينبريغم എന്താണ് വാലേക്കും എല്ലാം വ്യക്തമായി ചൊല്ലണം എങ്ങനെയാണ് ജവാബ് എടുത്തിരേ അതാരാണ് ഫലാസിഫ് വഹാസിൽ ഫലാസിഫക്കാർ അതഹബിൻ ഹാസിൽ ഏറെ മൈമതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാണ് മൈമതിൽ ഒന്ന് ഓക്കെ ും കിസ്മാരെക്കാര് ഹാരി രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഹാസും ബിസ് ബി ഹാരി ഹാസും ബിസമാണ് എന്നും പറയും രണ്ടു വൈഫസി ഹാരിസും എന്ന തഫസിൻ അതിന്റെ മറ്റൊരു മുഹത്തിറിലേക്ക് ആവശ്യമുള്ളത് എന്നാണ് എന്തിന്റെ അർത്ഥം ഹരിസം ബില്ലാത്ത് സ്വയം ഉണ്ടായില്ല സവാവും സബത്തവും അത് മുന്നില്ല അതിന് മുമ്പ് വരെ അതുമു സാധിക്കാവട്ടെ ആവാതിരിക്കട്ടെ ഹരിസംബില്ലാത്തെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാൻ വേറെ റെയിൽവേക്ക് ആവശ്യമുണ്ട് അതുമു സാപിക്കാവണം ആവണ്ട എന്നതിൽ കണക്കില്ലേ പൽ പൽ അവരും ഒന്നാമത്തേത് ഏത് ആദിസം ബിദ് അല്ല അതിമു സാബിക്കായത് അപറാദി മനുഷ്യന്മാരോരോ അപറാദുകളെ പോലെ ഇതേതാണ് ആദിശം ബിദ്ാസാണ് അതിമു സാധിക്കാറുമാണ് ഇല്ല ഇഷ്ട വത്താനി അതിമ സാബിക്കാവാത്തത് ആദിശം ബിദ്ദാത്തായോടൊപ്പം തന്നെ അതിമു സാബിക്കാവാത്തത് കല്ലപ്പില പഴക്കുകളെ പോലെ ഒമ്പത് പലക്കുണ്ടല്ലോ ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് ഉള്ളിക്കോലിങ്ങനെ നിൽക്കുന്ന പറയുന്നു ഇങ്ങനെ ഇങ്ങനെ വരുതിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളി നടുക്ക് ഇങ്ങനെ പശിക്കൂട് നിൽക്കുമ്പോഴെ ഭൂമി നടക്ക് അതിൻ്റെ മേലെ ഒന്നാം ഫലക്ക് അതിൻ്റെ മേലെ രണ്ടാം ഫുലക്ക് മൂന്നാം ഫലക്ക് നാലാം ഫുലക്ക് അഞ്ചാം ഖലക്ക് ആറാം ഫലക്ക് എട്ടും കഴിഞ്ഞ് ഒമ്പതാമത്തെ ഫലക്ക് കോഴിമുട്ടന്റെ പുറത്തെ തോടതാ ആ ഒട്ടാകെ വന്ദിയ പോലെ മുഴുവനും ഇങ്ങനെ വണ്ടാക്കി അപ്പൊ അതിനാണ് ഫലക്കില്ല ഫലാക്കുന്ന കാര്യം അതിന്റെ അപ്പുറം ഒമ്പതാമത്തെ അപ്പുറം എന്ത് ചോദിച്ചാൽ അന്നേരം മൊത്തൊടുക്കണമെന്നാണ് അത് അവർ ചോദിക്കാൻ പാടില്ല കാരണം ചേഫനത്തിൽ പോകുമ്പോഴും ഇത് പറഞ്ഞൊന്നു ചേഫണ്ടാവില്ല അതിലപ്പുറം ഫലം ഉണ്ടോ വല ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്നേരം അടികൊടുക്കണമെന്നാണ് ചേഫനെതിരെ ചോദിക്കാൻ പാടില്ല അപ്പൊ ആ ഫലക്കുല് അഫിലാഖിന്റെ ഒരു മൊത്തുണ്ടെങ്കിൽ ഇങ്ങനെ തോക്കിയിട്ട് ബത്തൊക്കെ തോക്കിയിട്ട് പോകുമ്പോ അതൊക്കെ കൊണ്ടപ്പം ചെയ്യുന്നത് ഇവര് പറയുമ്പോഴെല്ലാം പറ അഫിലാക്ക് മൊഹത്താദത്വം അതിന്റെ വരൂത് അതിൽ അത് മുഷ്ടാജാണ് അത് മുസാബി കഴിച്ചൂല്ല അത് മുസാബി കഴിച്ചൂല ഇത് ഇതെന്ന് പറയുന്നത് കൊണ്ടല്ലേ കീമെന്ന് പറയുന്നു അതിന്റെ അത് വധവത്തെ അറിയിക്കുന്നുണ്ടല്ലോ ആറോയി ഇത്രയും നേരം മഹാസിൽ മാത്രം ആട് രണ്ടാമത്തേത് അവർ അതിന് പറയുന്നത് ബിമാ ചുജൂ അതിന്റെ കാണാൻ ഒരുമ സാബിക്കായിരിക്കണം അപ്പൊ നിസ്ബെന്തായിപ്പോ ഹാദിത്തും ബിസമാനെല്ലാം ഹാദിസും ബിസാത്തായിരിക്കൂ എന്ന് മനസ്സിലായി മകള അതുമ് സാബിക് ആവണം എന്ന കൈതല്ലേ വെച്ചത് ഹാദിസും ബിസ്സമാന്റെ മറ്റേ ആയാരം ആയിട്ടില്ലെങ്കിലും എന്നറിയില്ലേ നോക്കപ്പോ അതില് മന്ത്രിക്കോ അതിന്റെ ആവശ്യം ഇപ്പോഴെവിടെ അറിയാ ആ സവാ ഉൻ സബക്കഹൂ അതുമുൻ അതുമു സാബിക്കാവട്ടെ ആവാതിരിക്കട്ടെ രണ്ട് കൈലും ഇല്ലാന്നു ഇവിടെ എന്ത് പറഞ്ഞു ബിമാ സബക്ക ബുജൂഹു അതുമുൻ അതിന്റെ ബുജൂതിനേക്കാണ് അതുമു സാബിക് ആവണം എന്ന കയ്യിലില്ല ഇവിടെ അപ്പൊ ആ കൂട്ടത്തിൽ പെട്ടെന്ന് പ്രത്യേക പ്രദുന്നുള്ളൂ അപ്പൊ ആദിസം ബിസ്സമാനല്ല എന്താന്ന് പറയാ ആദിസം ബിസാക്ക എന്ന് പറയാ ആദിസം ബിദ്ദാക്കായ ബിസ്സമാനാകണമെന്നില്ല ഏതുപോലെ അഫലത്ത് പോലെ രണ്ടുണ്ടാകാം എന്താ ആദിസും ബിസ്സമാനും ആദ്യത്തും ബിസാത്തും ആയിരുന്നു നോക്കാം അഫറാദുല്ലിസാൻസും മുതലക്ക ആ മുതലക്കന്നെ അഫറാദിസാം പോലെ എനി ഹാദിസിന്റെ എതിരല്ലേ കദീമ് വൾ കദീമുഖ് ഇസ്മാനി കദീമുണ്ട് രണ്ടു തരം കദീമും ബിന്ദാസ് കദീമും ബിന്ദാസ് എന്ന് പറഞ്ഞൊന്നും ബഹുവാനായ അതിന്റെ വുജൂതിന് ഒരു മൊഹത്തിലേക്ക് ആവശ്യമില്ലാത്തത് ഇത് ഒരു അള്ളാഹുനെ പോലെ കഥാത്തിൽ മൂലാക്കാല കഥീമും അതുമു സാബിക്കാവാത്തത് അഫിലാക്ക് പോലെ അപ്പം അഫിലാക്കിന് കിതമുണ്ട് എന്ന് പറഞ്ഞാൽ കിതവും ബിദ്ദാത്ത് ഉണ്ട് എന്നല്ല ഉറവാദം കിതമും ബിസ്ജമാൻ ഉണ്ട് കിതമും ബിദ്ദാത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ഭുജൂദിനും ബാധാൾ വേണ്ടാലോ وحتاج في وجوده لمؤثرين أدعو ربا من موجودين مؤثر لك عام الشمون دعفل لكن أفوالي قد لها أبا قديما بالذاتم حاقتم بالذاتم لكولا أبا أبا إليكم أدعو ربا من قديما بالزمان إلا قديما എന്താ കദീമും ബിസ്സമാനു ഹാരിസും ബിസമാനും കൂടെ യോജിക്കും ഹാദിസും ബിസാത്ത് അല്ലെ ആ ഹാദിസും നമുക്ക് യോജിക്കാം അഫ്ലാഖ് പോലെ ഇപ്പൊ ഇവവാദപ്രകാരം അഫ്ലാഖ് എന്താന്ന് ഹാദിസും ബിസാത്താണ് അല്ലേ അതോടൊപ്പം കദീമും ബിസ്സമാനു ആണ് അതും കൂടെ ഇനി അതോടൊപ്പം തന്നെ ചെയ്ത് അത് ഉമ്മൻ മുഖോസോ യുവതിന്റെ ജീവം രൂപം വരൂ അതെങ്ങനെ വരിക നേതാക്കൾ ഉമ്മ മുഖം മുതലേക്ക് ആക്കിയല്ലേ അത് മൊത്തത്തിലേക്ക് എത്തിയാച്ചുണ്ട് അതോടൊപ്പം കഥീമും ബിശമാനുമാണിത് ബിന്ദാത്തല്ല ബിശമാനായ പോലെ അപ്പൊ കദീമം ബിദ്ദാത്തും കദീമും ബിസ്ദമാനും രണ്ടും കൂടെ യോജിച്ചവിടെ അന്നാന്റെ ദാത്തിരി അന്നാമതല്ലാത്ത കിദമം ബിദ്ദാത്തോണ്ട് കിദമം ബിസ്തമാനും ഉണ്ട് അഫിലാഖിൽ ഇപ്പൊ എന്ത് വന്നത് കിതമം ബിദ് പോയി ബില്ലാത്തുപോയി കിദമം ബിസ്സമാൻ മാത്രം ബാക്കിയായി അഫറാദ് ഉൽ നിസാൻ രണ്ടും പോയി അനുമനത്തെ പറഞ്ഞിട്ടില്ല അതിനേതാ ഓപ്പോസിറ്റായി പോയല്ലോ അതിനേ പോയി ഒരു ഉമ്മിപ്പൊ ആകെ മാത്രമേ തരല്ലേ കദീമം ബിന്ദ് കദീമം ബിസമാൻ ആദിസം ബിസാക്ക് ആദിസം ബിസ്രമാൻ രണ്ടെണ്ണം ചമ്മന്താക്കി ഉമ്മ മുത്തലിയാക്കി രണ്ടെണ്ണം ദബായി നോക്കി ഇനി ഇതിൽപ്പെട്ട ഇതും ഇതും ഇതും ഇതായി കുപ്പിക്കണോ കഥ ും അവരെടുക്കലേ ലം യു അതമ അതിന്റെ അതമ്മ സാപിക്കായിട്ടേ ഇല്ലാന്ന് അവർ പറയും അപ്പൊ എന്തുകൊണ്ട് അത് സാബിക്കാ നാശിയൽ ലൊക്കോലുകളെ തൊട്ട് ഉണ്ടായിത്തീർന്നതാണ് റൊക്കൂർ തന്നെ മനുഷ്യന്റെ ബുദ്ധി നടക്കുന്നതിനല്ല കേട്ടോക്കെ ആര്യപോർ പറയുന്നുണ്ട് അന്നാൽ അവർക്ക് നൊന്നേ ഉണ്ടായിട്ടുള്ളും പോലും ആ ഒന്നിന് നൊന്നേ ഉണ്ടായിട്ടുള്ള റൊക്കൂറോട് ഉദ്ദേശിക്കുന്നു റുക്കൂലിനാണ് ഉണ്ടായിത്തീർന്നത് അങ്ങനെ കഴിയിട്ട് ഇല്ലാ ഇല്ലത്തിന്റെ അറിഞ്ഞിട്ട് കൂടെ എന്താ ഇല്ലത്തിന്റെ അറിയിക്കുന്നു പറഞ്ഞാല് കൈ കൈക്ക് മോതിര ഇട്ടു മോതിര കൈ ഇങ്ങനെ ജനിപ്പിച്ചാൽ കെയ്യിനോടൊപ്പം മോതിരം ജലിക്കുന്നു അല്ലേ പക്ഷെ അതോടൊപ്പം തന്നെ ഇതിനെതിനാ സാബസ് ചെയ്യത്തു പറഞ്ഞിട്ട് എല്ലാ കൈയിന്റെ ജലനത്തിൽ സാബസ് ചെയ്യത്തുണ്ട് എന്തിനാ സാധിക്കും വിശദാസും അതേ അവസരത്തിൽ വജുവോതിലോ ഒപ്പം തന്നെ കൈയാക്കി അനങ്ങിയതിനു ശേഷം കുറേ കഴിഞ്ഞ സമാൻഡ പിന്തുണ കൂടിയല്ല മോതിരണങ്ങിയത് ഒപ്പം തന്നെയാണ് പക്ഷേ ഈ മോതിരം അനങ്ങണമെങ്കിൽ ഈ കയ്യെന്ന് കിട്ടണം എന്നുള്ള ഹത്യാജിലേക്ക് നോക്കുമ്പോൾ എന്തൊണ്ട് ഇതിന് സാധിക്കും വിധാത്ത എന്ന് പറയാം ഇത് സ്ഥാപിക്കാണെന്നും പറയാം അല്ല ഇല്ലത്തി